ദശ യോഗയശ്രവണകീർത്ത സംഹൃത്യതകുലം നൂനം ലോകം സേ ഭഹം തവാഘ്രിക്ലം ക്ഷണമി കുഹേനാഥ സ്വധാമീ ഭ ഭഗവാനോടുള്ള അനിർവചനീയ പ്രേമമായിട്ട് ഭക്തി പരിണമിക്കുന്നു യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ എന്തെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹം കൂടാതെ ഉള്ള ഭക്തി ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതലൊന്നും ഒരു ഭക്തന് കാക്ഷിക്കാനൊന്നുമില്ല സാത്വസ്മിൻ പരമപ്രേമരൂപ നാരദമഹർഷി ഭക്തിയെ പറഞ്ഞത് അങ്ങനെയാണ് അസ്മിന് പരമപ്രേമരൂപാ ഭക്തി പരമമായ പ്രേമം പ്രിയം അസ്മിന് അതിന് എന്ത് പേര് കൊടുത്താലും വേണ്ടില്ല ഭഗവാനെ ഏത് പേര് കൊണ്ട് ഭജിച്ചുകൊള്ള ഏത് നാമം കൊണ്ട് അർച്ചുകൊള്ളുക ഏതു രൂപത്തിൽ ധ്യാനിച്ചുകൊള്ള ഭഗവാൻ എന്നുള്ള ഭാവം അതാണ് മുഖ്യം ആ തത്വത്തിനോടുള്ള അനിർവചനീയമായ പ്രിയം ഭക്തി वो भक्ति आरंभ भगवां या भगवा दास अल भगवा भक्त भगवा शिशु चल पगवां एिशु ഭഗവാൻ അമ്മയാണ് അച്ഛനാണ് ഏതെങ്കിലും ഒരു ഭാവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഭക്തി വളരുന്നു എന്തെങ്കിലും ഭാവം ഇല്ലെങ്കിൽ അവിടെ ഭക്തിയില്ല ഭാവത്തിലാണ് ഭക്തിയുടെ ആരംഭം ഭാവം ഉണ്ടാകുന്നത് ഭക്തി ചിലപ്പോ പ്രഭു ദീനൻ എന്നുള്ള ഭാവം ഭാഗവതത്തിൽ തന്നെ പലർക്കും പല ഭാവമാണ് ഭക്തിക്ക് ഉത്തമ ഉദാഹരണം ഭാഗവതത്തിലെ ശ്ലോകങ്ങളിൽ സ്തുതികളില് ആറാമത്തെ സ്കന്ധത്തിൽ വൃത്രന്റെ സ്തുതിയാണ് അഹംഹരേതവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരെത അശുപത്തെ ഗുണം സ്േ ഗൃണീതവാ കർമ്മ കോ കാഹ അഹംഹരേതവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ ഒരു അസുരൻ അതിഭയങ്കരനായ അസുരൻ അവന്റെ രൂപം കണ്ടാൽ ദേവേന്ദ്രൻ പോലും കിടകിടാവരയ്ക്കുന്ന ഒരു അസുരൻ പുറമേക്ക് അതിഭയങ്കരൻ ഹൃദയത്തിൽ പ്രേമഭക്തി दासभक्ति अहं हरे तव दासो भवितास्मी भूय या भगवाने अवते दास दास दासनकोला दासभक्ति दासभक्ति भक्ति के एं फल മനസ്മരേത അസുപതേ ഭഗവാൻ ഒരു പേര് വെച്ചു വൃത്രൻ അസുപതി അസുപതി എന്ന് വെച്ചാൽ പ്രാണനാഥൻ എന്നർത്ഥം അസു എന്ന് വെച്ചാൽ പ്രാണൻ വിളിച്ചു ഭഗവാനെ മനസ്സ് ഭഗവാനെ പ്രാണനാഥനായ ഭഗവാനെ സദാ സ്മരിക്കട്ടെ മനസ്മരേത അസുപതേ ഗുണാന് ഭഗവാന്റെ ഗുണത്തെ എന്ത് ഗുണത്തിനെ സ്മരിക്കുന്നു കാരുണ്യം എപ്പോഴാ ഈ കാരുണ്യ സ്മരണ ഉണ്ടാവുക ഈ ജീവന് ഭഗവാൻ അല്പം ഭഗവത് അനുഭവം കൊടുത്ത് സംസാരത്തുനിന്ന് പിടിച്ച് പുറത്തു വലിക്കുമ്പോ ആ കാരുണ്യത്തിന് കൈമാറുകൊടുക്കാനായിട്ട് തിരിച്ചെന്തെങ്കിലും നിഷ്കൃതി ചെയ്യാനായിട്ട് ഒന്നുമില്ല അപ്പോഴാണ് ഈ കാരുണ്യം കാരുണ്യം കാരുണ്യം അല്ലാതെ ഒരു ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നത് കാരുണ്യമാണോ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്താ മകൾക്ക് ഇത്ര ദിവസം കല്യാണം കഴിഞ്ഞില്ല ഇപ്പൊ കല്യാണമായി അതാണോ കാരുണ്യം ഇനിയേ തുടങ്ങാൻ പോയുള്ളൂ വിഷമം കരുണ എന്താ ജ്ഞാനികളെ ഉഴുകി ഉരുകി ഉരുകി ഭക്തി ജ്ഞാനികൾക്ക് ഭഗവാന്റെ കാരുണ്യത്തിനെ പറയാൻ എന്തുണ്ട് പ്രഭുത്വം ദീനാനാം കടു പരമബന്ധുഹ പശുപത്തെ ശങ്കരാചാര്യ സ്വാമികൾ ഭഗവാനെ ഞാൻ ദീനൻ അവിടുന്ന് പ്രഭു എന്ന് പറയുന്നു ഭഗവാൻ രമണ മഹർഷി ഒരിടത്ത് ചിന്തിച്ച് ഉരുകി കരയുന്നു ഉരുകണം എന്തിന് കരയണം എന്ന് വെച്ചാൽ അമ്മയും അപ്പനും ആകി എന്ന ആക്കി അടിച്ച് ഇം മഹിമായെ വീണ്ട് യാൻ ആൾന്തിടും മുൻ എൻ മനം മന്നി ഇഴുത്തു മുൻ പദത്തിൽ ഇരുത്തിനയാൽ ചിന്മയനാം അരുണാചലാനിൻ അരുൾ ചിത്രമെന്നേ ഭഗവാനെ അവിടുത്തെ കൃപയെ ഞാൻ എങ്ങനെ വർണ്ണിക്കും ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് അമ്മയും അപ്പനുമായി അച്ഛനും അമ്മയുമായി കൂടെ നിന്ന് അതൊരു ഭാവഭക്തി കൂടെ നിന്ന് അല്പം വയസ്സ് വന്നു പോയാൽ ഒരു പത്തിരുപത് വയസ്സൊക്കെ ആയിപ്പോയാൽ ചിലപ്പോ സംസാരത്തിൽ വീണു പോവും ഒരു ജോലി കിട്ടി കല്യാണം കഴിച്ചാൽ സംസാരത്തിൽ വീണുപോയി എന്ന് വരാം മഹിമായ വീന്ത് യാൻ മുൻ സംസാരത്തിൽ വീണ് ഞാൻ മുങ്ങി ഭഗവാനെ മറന്നു കളയുന്നതിന് മുമ്പ് എന്റെ മനസ്സിലേക്ക് വന്ന് അവിടുന്ന് പിടിച്ചു മനം മഞ്ഞി ഇഴുത്ത് മുൻ പദത്തിൽ ഇരുത്തിനയാൽ മനസ്സിനെ ആകർഷിച്ചു കൊണ്ടുവന്ന് യു മേഡ് മീ സ്റ്റേ ഇൻ യുവർ സ്റ്റേറ്റ് ആകർഷിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ സ്വരൂപത്തിന്റെ രസം എന്താണോ ആ രസം എന്നെ അനുഭവിപ്പിച്ച് സാക്ഷാത് ശിവസ്വരൂപമായി ഭഗവത് സ്വരൂപമായി തന്നെ പിടിച്ചിരുത്തി അപ്പൊ ഗുരുവിനോടോ ഭഗവാനോടോ നമുക്ക് തീർത്താ ആ തീർത്താ തീരാത്ത കടപ്പാടെ എന്താ സാധാരണ തലത്തിൽ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു അനുഗ്രഹം മഹാബലി പറയുന്നുണ്ട് വാമന വാമനമൂർത്തി മഹാബലിയുടെ സർവവും പിടിച്ചു മഹാബലി പറയാണ് എല്ലാരും പറയുന്നു ബ്രഹ്മാവിടക്കം പറയുന്നു ഭഗവാനെ ഈ രാജാവിനിങ്ങനെ ശിക്ഷിക്കണം അപ്പൊ മഹാബലി പറയാണ് പ്രഭു ഇതുപോലെ കാരുണ്യം ആര് ചെയ്യും അമ്മ ചെയ്യില്ല അച്ഛൻ ചെയ്യില്ല ബന്ധുക്കൾ ചെയ്യില്ല അവരൊക്കെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമുക്ക് ഡയബറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് നല്ല സ്നേഹമാണ് ഒരു കുഴിയിലൂടെ പായസം കഴിക്കുമെന്ന് ചോദിച്ചു തരും സ്നേഹം കാരണം അമ്മയും അച്ഛന് അവർക്ക് സ്നേഹം മിസ്ഡയറക്റ്റഡ് ആണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സ്നേഹം കാരണം എന്ത് ചെയ്യും കുട്ടിയെ സിനിമയ്ക്ക് വിളിച്ചു കൊണ്ടുപോകും സ്നേഹമാണോ അത് ദിവസം ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും സ്നേഹമാണോ അല്പം അതിരി കടന്നു പറഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ കയറ്റി പഠിപ്പിക്കുന്നത് തന്നെ സ്നേഹമല്ല നിവൃത്തിയുണ്ടോ നമുക്ക് പക്ഷെ സ്നേഹത്തിന് വിപരീത സ്വഭാവമാണ് ലോകത്തില് സ്നേഹം കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ലോകത്തിലുള്ളവർക്ക് അറിയണില്ല അപ്പൊ സ്നേഹം ഒക്കെ മിഥേറിട്ടഡാണ് വിപരീതമാണ് പലയിടത്തും കാണാം നമുക്ക് ആഹാരം കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വയർ കേട് അവരുടെ സ്നേഹത്തിനായിട്ട് നമുക്ക് സൂക്കേട് വരണം അവരുടെ സ്നേഹമായിട്ട് വിപരീതമാണ് സ്നേഹം അപ്പൊ മഹാബലി പറയുന്നു ഏത് ലൗകിക വസ്തുക്കളെ കൊടുത്തുകൊണ്ട് പ്രകടിപ്പിക്കുന്ന സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം സ്നേഹരൂപത്തിലുള്ള ഹിംസയാണ് എന്ന ഭഗവാൻ ചെയ്ത കാരുണ്യം എന്താ ഏതേത് വസ്തുക്കൾ എനിക്ക് ബന്ധകാരണങ്ങളാണോ ആ വസ്തുക്കളെയൊക്കെ എന്റെ കയ്യിൽ നിന്നും പറിച്ചെടുത്ത് എന്നെ അനുഗ്രഹിച്ചു ത്യാഗം കൊണ്ടുള്ള ബലം ഭോഗം കൊണ്ട് നഷ്ടപ്പെട്ടു പോകണം ഉപേക്ഷിക്കുന്നതിൽ എത്ര ബലമുണ്ടോ അത്ര ബലം സ്വീകരിക്കുന്നതിലില്ല സ്വീകരിക്കുന്നതിന് ലിമിറ്റേഷനുണ്ട് ഉപേക്ഷിക്കുന്നതിന് വല്ല ലിമിറ്റേഷൻ ഉണ്ടോ ആലോചിച്ച് നോക്കാം സ്വീകരിക്കുന്നതിന് ലിമിറ്റേഷനുണ്ട് ഉപേക്ഷിക്കുന്നത് അൺലിമിറ്റഡ് ആണ് എന്തെങ്കിലും ദൗർബല്യം നമ്മൾ ഉപേക്ഷിച്ചാൽ ആ ഉപേക്ഷിക്കുന്നതിൽ എത്ര ബലമുണ്ടോ അത്ര ബലം ഒരു സദ്ഗുണത്തിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിൽ ഇല്ല ഒരു ദൗർബല്യത്തിന് ഉപേക്ഷിക്കുന്നതിന്റെ ബലം ഒരു സദ്ഗുണത്തിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിലില്ല ഉപേക്ഷിക്കുന്നത് വളരെ ബലവത്താണ് അതുകൊണ്ട് മഹാബലി പറയണു ഭഗവാനെ അവിടുന്ന് എന്റെ കയ്യിൽ എന്നെ ഏതേത് വസ്തുക്കൾ ബന്ധിക്കുമോ അതൊക്കെ പരിച്ചെടുത്ത് എന്നെ അനുഗ്രഹിച്ചുവല്ലോ ഇത് വലിയ അനുഗ്രഹം ഈ അനുഗ്രഹം മാതാവ് ചെയ്യോ പിതാവ് ചെയ്യോ ബന്ധുക്കൾ ചെയ്യോ ആര് ചെയ്യും തൊം അസുരാണ പാരോക്ഷ്യ പരമോ ഗുരുഹോ അസുരന്മാരായി ഞങ്ങൾക്ക് അവിടുന്ന് ഇൻഡയറക്ട് ആയിട്ടുള്ള പരമ ആചാര്യനാണ് ഞങ്ങൾക്ക് ഈ ലോകം വാസ്തവമല്ലെന്നും അവിടുന്ന് ഭഗവത് ഭഗവാൻ മാത്രം വാസ്തവം എന്നും പഠിപ്പിക്കാനായിട്ടാണ് അവിടുന്ന് വന്നിരിക്കുന്നത് ആ കാരുണ്യത്തിൽ വാമനനോട് മഹാബലിക്ക് പരമഭക്തി തോന്നുന്നു ഗോപസ്ത്രീകൾക്ക് ഭഗവാന്റെ അനുഭവം ഉണ്ടായി ഭഗവാൻ അനുഭവം കൊടുത്ത് മറഞ്ഞുപോയി അവരെല്ലാം ഉപേക്ഷിച്ചു വന്നു എങ്ങനെ അവർ ഉപേക്ഷിച്ചു വന്നു ഭഗവാന്റെ അനുഭവത്തിന്റെ ഒരു ലേശം അവരെ സ്പർശിച്ചതോടുകൂടെ വേണുഗാനം ശ്രവിച്ചതോടുകൂടെ അവരെ ഉന്മാദം പിടിച്ചവരെ പോലെ എല്ലാം വിട്ടു നിശമ്യ ഗീതം തദനംഗവർദ്ധനം വ്രജസ്ത്രിയ കൃഷ്ണഗൃഹീതമാനസ അന്യോന്യം അലക്ഷിതോദ്യമ സയത്ര കാന്തോ ജവലോല കുണ്ടാഹ നിശമ്യ ഗീതം തദ്നങ്കവർദ്ധനം ഭഗവാന്റെ വേണുകാനം ശ്രവിച്ചു അത്രയും ശ്രവിച്ചപ്പോ അനങ്കവർദ്ധനം രണ്ടർത്ഥം അനങ്കം എന്ന് വെച്ചാൽ സാധാരണ അർത്ഥം ആ കാമം എന്നാണ് അർത്ഥം ഇവിടെ അനങ്കം എന്നുള്ളതിന് ആഴമായ ഒരു അർത്ഥം പറഞ്ഞാൽ ഭഗവാൻ എപ്പൊ നമ്മളെ വിളിക്കണമോ അപ്പൊ നമ്മൾ നമ്മളുടെ അംഗത്തിന് മറന്നു പോകും ശരീരത്തിന് മറന്നു പോകും ശരീരബോധം ഇല്ലാതാവുന്ന സ്ഥിതി ശരീരത്തിനെ മറന്നു പോകുന്ന സ്ഥിതി അവർ ഭഗവാന്റെ അടുത്തേക്ക് വന്നു പതി സുതാൻവയ ഭ്രാതൃ ബാന്ധവാന് അതിവിലംഘ്യത്തെ അന്തി അച്യുതാകത എല്ലാം അച്ഛൻ അമ്മ ബന്ധുക്കൾ എല്ലാം മറന്നുപോയി കുറച്ചു നേരം ഭഗവാൻ അവർക്ക് ആ സുഖാനുഭവത്തിനെ കൊടുത്തു ഭഗവത് അനുഭവത്തിനെ കൊടുത്തു ഭഗവാൻ അവരെ വിട്ടു മറന്നുപോയി ദുസഹ തീവ്ര വിരഹ തീവ്ര വിരഹം സഹിക്കവയ്യാതെ വിരഹതാപം വിരഹം കൊണ്ട് ഭഗവാനെ വീണ്ടും വീണ്ടും വിളിച്ച് കരഞ്ഞു ഭഗവാൻ അവരുടെ മുമ്പിൽ ആവിർഭവിച്ച് അവർക്ക് രസാനുഭവത്തിനെ കൊടുത്തു അതാണ് നമ്മൾ രാസക്രീഡ എന്ന് പറയുന്നത് രാസക്രീഡയോടുകൂടിയും സമാപിച്ചില്ല അവരെ വൃന്ദാവനത്തിൽ ആക്കിയിട്ട് ഭഗവാൻ അവിടുന്ന് പോയി തിരിഞ്ഞു നോക്കില്ല കുറേ കഴിഞ്ഞ് ഉദ്ധവരോട് ഒരു പത്രലേഖനവുമായിട്ട് അയക്കുക യുദ്ധവരോട് എന്താ പത്രം ഗോകസ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നോടുള്ള ഭക്തി ആഴത്തിൽ ദൃഢമാവാനായിട്ടാണ് നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു വന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ശരീരത്തിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും ഈ പുറമേക്കുള്ള രൂപത്തിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്നോടുള്ള ഭക്തി ആത്മാനുഭവമായി പരിണമിക്കണം അവർക്ക് കൃഷ്ണൻ ഈ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല അത് ഗോപികാഗീതത്തിൽ തന്നെ തെളിയുന്നു നഖലു ഗോപികാനന്ദനോ ഭവാൻ അങ്ങനെയാണെങ്കിലും കണ്ണന്റെ ആ ബാഹ്യരൂപം കാണുമ്പോ കൃഷ്ണനെ മറക്കാൻ അവർ തന്നെ ഉദ്ധവരോട് പറയുന്നുണ്ട് ഉദ്ധവരെ പിങ്കള ഇനി പറയാൻ പോകുന്നു തിങ്കളെ പറഞ്ഞത് ഞങ്ങൾക്കും അറിയാം ആശയൊക്കെ ദുഃഖത്തിന് കാരണമാണ് എന്നാലും ഈ കൃഷ്ണനോടുള്ള ആശയെ ഞങ്ങൾക്ക് വിടാൻ കൃഷ്ണനെ ആത്മതത്വമായി ഉദ്ധവരോട് ഉദ്ധവർ ബോധിപ്പിച്ചു ഉദ്ധവരിലൂടെ പറഞ്ഞു അയച്ചു ഭഗവാൻ ഉദ്ധവം പൂജയാം ചക്രുഹു ഞാത്വാ ആത്മാനമധോക്ഷജം ഉദ്ധവനിലൂടെ ഗോപസ്ത്രീകൾക്ക് ദൃഢമായ അനുഭവമുണ്ടായി ആത്മാനം അതോക്ഷജം ഭഗവാൻ ആത്മവസ്തുവാണ് എന്ന് ദൃഢമായി അവരുടെ പ്രേമം പരിപൂർണമായി പരാഭക്തി പരിപൂർണമായി അതേ സ്ഥിതി ഇവിടെ ഉദ്ധവർക്ക് വരികയാണ് ഇന്നലെ നമ്മൾ കണ്ടു ഉദ്ധവർ ഭഗവാന്റെ കാലുകൾ പിടിച്ചുകൊണ്ട് ഭഗവാനോട് കരയാണ് ഭഗവാനെ ഒരു ക്ഷണനേരോ അങ്ങേ പിരിഞ്ഞ് എനിക്കിരിക്കാൻ വയ്യ നാഹം തവ അഗ്രികമലം ക്ഷണാർത്ഥം അപി കേശവ തും സമുസുഹേനാഥ സ്വധാമനയമാം അഭി അവിടുത്തെ പാദകമലത്തിനെ വിട്ടു പിരിഞ്ഞ് ഒരു ക്ഷണം പോട്ടെ ഒരു ക്ഷണ അർത്ഥം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ എന്നെയും കൊണ്ടുപോണം എങ്ങോട്ട് കൊണ്ടുപോകും എവിടേക്ക് കൊണ്ടുപോകും ഉദ്ധവര് വീണ് കരഞ്ഞു ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു ഉദ്ധവനെ ആർക്കും ചെയ്യാത്ത അനുഗ്രഹം ഞാൻ താങ്കൾക്ക് ചെയ്യണുണ്ട് അവിടുന്ന് ഇനിമേലാൽ ഇവിടെ വസിക്കരുത് എന്ന വസ്തവ്യം തൊയൈവേഹ മയാതക്തേ മഹീത്തലേ ജനങ്ങളൊക്കെ ഇനി അധർമ്മ രുചികളായിട്ട് തീരും ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ധർമ്മത്തിൽ രുചിയില്ലാതായിട്ട് തീരും ഏഴാമത്തെ ദിവസം समुद्रम समुद्र द्वारक विड़ी अदि वस्यज्य स्ने स्वजन बंधुषु मैयावेश्य मनसम्य समदृक् विचरस्व ग सर्व परतज्यना उपदेश अर्जुन परगवानो भगवाने याुद्धमी या उपेक्षित भिषा സന്യാസിയായിക്കോളാ എന്ന് പറഞ്ഞു അർജുനനോട് പറഞ്ഞു അരിത് കർമ്മണ്യേവ അധികാര മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർഭൂ മാ തേ എന്ന് ഉപദേശിച്ച് അതേ നാവുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ പറയണത് ഉദ്ധവാ കർമ്മം ചെയ്യണം എന്നുള്ള തോന്നൽ തന്നെ ഉപേക്ഷിക്കുക എന്നാണ് സർവം പരിത്യജ് സർവം എന്ന് വെച്ചാൽ അതിൽ കൂട്ടിച്ചേർക്കൽ കുറയ്ക്കലൊന്നുമില്ല അത് വളരെ കുറച്ചു പേർക്ക് മാത്രമുള്ള ഉപദേശമാണിത് അതാണ് ഏകാവശ്യം പരമഹംസ സംഹീതയുടെ പരമകാഷ്ടയാണ് ഭാഗവതത്തിൽ ഇതൊക്കെ കേൾക്കുക കേൾക്കുന്നത് തന്നെ വലിയ പ്രയോജനം ഉപേക്ഷിക്കണം എന്നൊന്നും എല്ലാവർക്കും എങ്കിലും ഉള്ളുകൊണ്ട് ഉപേക്ഷിക്കാനുള്ള പക്വത ഉണ്ടാക്കിയെടുത്താൽ ഉള്ളുകൊണ്ട് ആ സ്ഥിതി നല്ല കയ്യിൽ എണ്ണ തേച്ചിട്ട് ചക്ക ആഞ്ഞെടുക്കണ പോലെ എണ്ണ തേക്കാതെ ചക്കം മുറിച്ചാൽ കയ്യിലോട്ടും മൂക്കത്തൊട്ടും മേത്തോട്ടും ഇരിക്കുന്ന സീറ്റിലോട്ടും എല്ലായിടത്തും ഊട്ടിപ്പിടിക്കും കയ്യിൽ എണ്ണ തേച്ചിട്ട് ചക്ക മുറിക്കണ പോലെ ഈ ജ്ഞാനത്തിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇരിക്കാനുള്ള പക്വത അതാണ് സർവം പരിത്യജ്യ എന്ന് വെച്ചാൽ ഉള്ളുകൊണ്ടാണ് മുഖ്യം ഉള്ളുകൊണ്ട് ആദ്യം ഉപേക്ഷിക്കാം ഉദ്ധവരോട് ഭഗവാൻ സർവം പരിത്യജ്യ എന്ന് പറയാൻ കാരണം ഉദ്ധവർക്ക് ഇപ്പൊ നൂറ്റി ഇരുപത് വയസ്സായി അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് ഉപേക്ഷിക്കും അദ്ദേഹം വിട്ടിട്ടില്ലെങ്കിൽ ഈ വസ്തുക്കൾ അദ്ദേഹത്തിന് വിട്ടുപോകും ഒരൊറ്റ സിദ്ധാന്തമേ ഉള്ളൂ ശാസ്ത്രത്തിൽ വസ്തുക്കൾ നമ്മളെ വിട്ടുപോകുന്നതിന് മുമ്പ് വസ്തുക്കളെ നമ്മൾ വിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ശരീരം വിട്ടുപോകുമ്പോ വസ്തുക്കളെയും പേറിക്കൊണ്ടു പോകും മനസ്സിലാവുണ്ടോ വസ്തുക്കൾ നമ്മളെ വിട്ടുപോകുന്നതിന് മുമ്പ് വസ്തുക്കളെ നമ്മൾ ഉള്ളുകൊണ്ട് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ ഈ വസ്തുക്കളെയും പൊക്കിക്കൊണ്ടുപോകും വാസനാരൂപത്തില് ആഗ്രഹങ്ങളുടെ രൂപത്തില് അതുകൊണ്ട് വസ്തുക്കൾ നമ്മളെ വിട്ടു പോകുന്നതിന് മുമ്പ് വസ്തുക്കളെ ഉപേക്ഷിക്കണം ആചാര്യൻ ഒരു രസമായി പ്രഭാഷണം ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞു പല്ല് പോകുന്നതിന് മുറുക്ക് തിന്നണത് ഉപേക്ഷിക്കണം എന്നാണ് അല്ലെങ്കിൽ പല്ല് പോവും മുറുക്ക് തിന്നണമെന്നുള്ള ആഗ്രഹം ബാക്കി നിൽക്കത്ര അതുകൊണ്ട് പല്ല് പോകുന്നതിന് മുമ്പ് മുറുക്ക് തിന്നാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കണം അതൊരു ഉദാഹരണം അത്ര മുറുക്കിന്റെ കാര്യം മാത്രമല്ല ഇത് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുറുക്ക് കാണുമ്പോഴൊക്കെ ഓർമ്മ വരുമല്ലോ അതിനുവേണ്ടി പറഞ്ഞാൽ അതൊരു ഉദാഹരണം എല്ലാ വസ്തുവിനുമതേ എല്ലാ വസ്തു ആ വസ്തുവിലുള്ള നമ്മൾക്കുള്ള ഇന്ദ്രിയം ക്ഷയിക്കുന്നതിന് മുമ്പും ആ വസ്തു നമ്മളെ വിട്ടു പോകുന്നതിന് മുമ്പും ഉള്ളുകൊണ്ട് ആ വസ്തുവിനെ ഉപേക്ഷിച്ചിരിക്കണം എന്നാൽ ആ വസ്തു വിട്ടുപോകുമ്പോൾ വേദനിക്കാതെ വിട്ടുപോകും വേദനിപ്പിക്കാതെ വിട്ടുപോകും അല്ലെങ്കിലോ അത്യധികം വേദന തന്നുകൊണ്ട് ഓരോ വസ്തുക്കൂടായും നമ്മളെ വിട്ടുപോകും പലപ്പോഴും യൗവനത്തിലൊക്കെ മരിക്കുന്ന ആളുകളെ കണ്ട് നമ്മള് യോ പാവം ഇത്ര ചെറുപ്പത്തിൽ മരിച്ചുപോയല്ലോ നമ്മള് പശ്ചാത്തലപിക്കും പക്ഷെ യൗവനത്തിൽ മരിക്കുന്നവരെ പോലെ ഭാഗ്യവാന്മാർ ആരുമില്ല എന്താന്ന് വെച്ചാൽ യൗവനം വേറെ ഉള്ളൂ ഈ അനുഭവിക്കലോ ഒക്കെ പിന്നെയൊക്കെ വിട്ടുപോവനാണ് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് വിട്ടുപോകുന്ന വേദനയാണ് പിന്നെയൊക്കെ വേദനാനുഭവങ്ങളാണ് ഈ അനുഭവിച്ചത് ഓരോന്നോരോന്നായി വിട്ടുപോകും അപ്പോഴോ കൃഷ്ണൈകാ തരുണായത്തെ ഭർതൃഹരി പറഞ്ഞു തല നരച്ചു തലയ്ക്ക് വയസ്സായി പല്ലിന് വയസ്സായി തോലിന് വയസ്സായി എല്ലിന് വയസ്സായി ഒന്നു മാത്രം യൗവനത്തോടെ ഇരിക്കണോ അത്ര ആഗ്രഹം വയസ്സായവരുടെ ഏറ്റവും വലിയ കഷ്ടകാലമേ ടി അത് ഇവര് കണ്ടുകൊണ്ടേ ഇരിക്കും അതിൽ ഇവർക്കും കാണണം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവാതിരിക്കും വല്ലതും പറ്റുമോ തൃഷ്ണൈകാ തരുണായതേ തലയൊക്കെ കറുപ്പിച്ചു നടക്കണു എന്തൊക്കെയോ ചെയ്തു നോക്കണോ ഒന്നും ശരിയാവില്ല വെളുക്കാൻ വെച്ചത് പാണ്ഡായി എന്നുള്ള മട്ടിലാണ് കൃഷ്ണീക തരുണായതേ കൃഷ്ണ മാത്രം തരുണമായിട്ടുള്ളിൽ നിൽക്കും യാതൊന്നിനെയും നമ്മളുടെ ഋഷികൾ നിഷേധിച്ചില്ല സാധാരണ ഒരു മനുഷ്യനൊരു സിദ്ധാന്തം അമാനുഷികർക്ക് വേറെ സിദ്ധാന്തം സാധാരണ മനുഷ്യർക്കുള്ള സിദ്ധാന്തം എന്താ കാളിദാസൻ പറഞ്ഞു കുമാര രഘുവംശ രാജാക്കന്മാരെ പറഞ്ഞു ബാല്യത്തിൽ രസിച്ചുകൊണ്ടും ശൈശവകാലത്തിലൊക്കെ വിദ്യാഭ്യാസത്തിലും ബ്രഹ്മചാരികളായിട്ട് കുമാര ബ്രഹ്മചര്യപ്രായത്തിലും യൗവനത്തിൽ വിഷയസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടും വാർധക്യത്തിൽ മുനിവൃത്തിയിൽ ഇരുന്നുകൊണ്ടും ശരീരത്തിന് ഉപേക്ഷിക്കണം ഇത് സാധാരണ ആളുകൾക്കുള്ള സിദ്ധാന്തമാണ് വാർധക്യത്തിൽ മുനിവൃത്തിയിൽ ഇരിക്കണമെങ്കിൽ കുട്ടിക്കാലം മുതൽ പരിശീലിക്കണം അല്പൽപ്പം ഈ മുനിവൃത്തി ഉള്ളിൽ ഉണ്ടാവണം അതിനാണ് ഈ ചെറുപ്പക്കാലത്തുള്ള ട്രെയിനിങ് ബ്രഹ്മചര്യത്തിലുള്ള ട്രെയിനിങ് അപ്പോ സർവം പരിത്യജ് എന്ന് ഉദ്ധവരോട് ഭഗവാൻ പറയുമ്പോ ഉദ്ധവർ പഴുത്ത പഴമാണേ ആ പഴം ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് വീഴാൻ പക്വത ചിലര് നേരത്തെ കൂട്ടി പക്വമാവുന്നതിന് മുമ്പെല്ലാം ഉപേക്ഷിക്കും വളരെ കുറച്ച് പേര് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഇൻസ്പയറിംഗ് ടോക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരിടത്ത് പറയുന്നു അത് കുട്ടിക്കാലത്ത് വായിച്ചത് ആ അതിങ്ങനെ നിൽക്കും ഉള്ളിൽ അതിൽ അദ്ദേഹം പറയുന്നു ലെറ്റ് എ ഫ്യൂ സോൾസ് ലിവ് ഫോർ ഗോഡ് ആൻഡ് ഫോർ ഗാഡ് അലോൺ ആൻഡ് ലെറ്റ് ദ വേൾഡ് ഗോ ഹാവ് നോ കോംപ്രമൈസ് ദെൻ ദ ഹോൾ വേൾഡ് വിൽ ബി റെവല്യൂഷണൈസ്ഡ് വളരെ കുറച്ചു പേര് വിരലിലുണ്ടാവുന്നവര് ഈശ്വരന് വേണ്ടി മാത്രം ഈശ്വരന് വേണ്ടി മാത്രം അതായത് ഭക്തി ചെയ്തുകൊണ്ടോ ജ്ഞാനവിചാരം ചെയ്തുകൊണ്ടോ മറ്റൊന്നിലും പ്രവേശിക്കാതെ ജീവിക്കട്ടെ അതുകൊണ്ട് ലോകത്തിന് അത്യധികം മംഗളം ഉണ്ടാകുന്നു അവർ ലോകത്തിൽ വേറെ ഒരു പ്രവൃത്തിയും ചെയ്യണ്ട യാതൊരു പ്രവൃത്തിയും അവർ ചെയ്യണ്ട അങ്ങനെ ചെയ്യാമെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ മറ്റു ജോലിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഗൃഹകൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഭഗവാൻ കൊടുക്കാം ഒരു വിധത്തിൽ പോലെ ഭാഗ്യവാന്മാര് വേറെ ആരുമില്ല എന്താന്ന് വെച്ചാൽ നിങ്ങൾ അറിവില്ലാതെ വെറുതെ പോയി കുഴിയിൽ ചാടയാണ് അപ്പൊ ഭർത്താക്കന്മാര് ജോലി ചെയ്യട്ടെ നിങ്ങൾക്ക് എന്ത് തലയിൽ സുഖമായിട്ടിരിക്കൂ അവര് പോയി പണിയെടുക്കട്ടെ നിങ്ങൾ വെറുതെ പുരുഷന്മാര് ചെയ്യുന്നതൊക്കെ ചെയ്യണമെന്ന് മഠേതരമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിലിരുന്ന് അവര് കൊണ്ടുവരുന്നത് ഭരിക്കുക അവര് ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പോയാ മഹാക്കുഴപ്പമാണ് സുഖമായിട്ട് നിങ്ങളെ കർമ്മത്തിൽ നിന്ന് വിമുക്തമാക്കിയിരിക്കുകയാണ് ശാസ്ത്രം കർമ്മം ചെയ്യേണ്ട പാടില്ല ബുദ്ധിമുട്ടില്ല ടെൻഷനില്ല എന്തെങ്കിലുമൊക്കെ പാചകവും മറ്റ് കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് കിട്ടുന്ന സമയം മുഴുവൻ ഭഗവാൻ അർപ്പിക്കാം നമുക്ക് സാധിക്കുമെങ്കിൽ ജോലി ചെയ്യണം എന്തിനാ ഉണ്ണാനും ഉടുക്കണം അതിനു മേലെ എന്തിനു പണം അതിനു മേലെ പണം ഉണ്ണവും കൊടുക്കണം പോട്ടെ അല്പം അതിര് കടന്നാൽ സമൂഹത്തിൽ ബാക്കിയുള്ളവരൊക്കെ ജീവിക്കുന്ന പോലെ അത്യാവശ്യം ഒരു വിധത്തിലൊക്കെ ജീവിക്കണം രമണ മഹർഷി ഒരു കൗബീനം മാത്രം കൊടുത്തിരുന്നപ്പോ ഒരാൾ പറഞ്ഞു സ്വാമി അങ്ങനെ ഈ കൗബീനം മാത്രം കൊടുത്തിരിക്കണമല്ലോ എന്ന് ഇപ്പൊ മഹർഷി പറഞ്ഞ ഉത്തരം എന്താ അറിയോ എന്ത് ചെയ്യാം സമൂഹത്തിന് ഇത് വേണ്ടിയിരിക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അങ് ഈ കൗബീനം മാത്രം ഉടുത്തിരിക്കണമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞ എനിക്കിതും വേണ്ട പക്ഷെ സമൂഹത്തിന് ഇത് വേണ്ടിയിരിക്കണമെന്നാണ് അപ്പൊ വ്യവഹാരത്തിൽ സമൂഹത്തിന് വേണ്ടി ചിലതൊക്കെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഇന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കാൻ മനുഷ്യർ ഇവരുടെ ഇടയിലൊക്കെ പോയി ഭാഗവതം പറയണം ഞങ്ങളെ പോലെയുള്ളവരെ വേണം കെട്ടിയിട്ട് തല്ലാനായിട്ട് നിൽക്കാൻ സമയമില്ല പണം പണം പണം പണം പണം പണം ഞങ്ങളുടെ ആളുകളും അതിനനുസരിച്ച് ഉയർന്നു അവരും ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുക ആദ്യം സർവം പരിത്യജ് സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക് ഈ സർവപരിത്യാഗം എന്ന് പറയണത് ഉപേക്ഷിക്കണം എല്ലാം ഉപേക്ഷിക്കണം എന്ത്പേക്ഷിക്കണം എത്ര പേരെ ഉപേക്ഷിക്കണം എന്ന് വെച്ചാൽ എത്ര കണ്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ അത്ര കണ്ട് ഓരോരുത്തരുടെയും ലിമിറ്റേഷൻ അനുസരിച്ച് മതി ചിന്തിക്കാം നമുക്ക് കഴിയുന്നതും എന്തൊക്കെ വേണ്ട വയ്ക്കാൻ പറ്റും അത്ര കണ്ട് വേണ്ടാവയ്ക്കും തോറും ശക്തിയാണ് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല എനർജി ഉണ്ടാവുന്നത് ചെയ്യാതിരിക്കുന്നത് ദിവസവും നമ്മള് രാത്രി ഒരു ഏഴെട്ട് മണിക്കൂർ ഒന്നും ചെയ്യാതിരിക്കുന്നത് രാവിലെ എണിക്കുമ്പോ എനർജി ഉപേക്ഷിക്കുന്നതിൽ എത്ര ബലമുണ്ടോ അത്ര ബലം സ്വീകരിക്കുന്നതിൽ ഇല്ല ഉപേക്ഷിക്കണതിൽ എത്ര ആനന്ദമുണ്ടോ അത്ര ആനന്ദം സ്വീകരിക്കണതിൽ ഇല്ല അപ്പൊ ഉപേക്ഷിക്ക എന്ന് വെച്ചാൽ അവരവരുടെ സ്ഥിതിക്കനുസരിച്ച് എത്ര കണ്ട് പ്രവൃത്തി ചെയ്യണമോ ആ പ്രവൃത്തി നിഷ്കാമ്യമായി കർത്തൃത്വമില്ലാതെ ചെയ്യാമെങ്കിൽ ഭഗവത് പ്രീതി ഉണ്ടാവും പ്രസാദം ഉണ്ടാവും ഒരു വയസ്സിന് മേലെ കൊടുത്ത ഉപദേശവും ആവാം ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു സർവം പരി ഇനി ഇവിടെ നിൽക്കരുത് പുറപ്പെടാകണം ഗൃഹാ പൂർണ്ണം വിനിർഗമ്യതാം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു സാധിക്കുമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാവുന്നതാണ് വേണ്ടിക്കിടന്നില്ല ഞാൻ തോന്നേ സ്നേഹം സ്വജന ബന്ധുഷു മറ്റൊരു കാര്യവും പറഞ്ഞു നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് അൽപ്പാൽപ്പമായി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ പടി കയറി വരുമ്പോ നമ്മൾ ലോകത്തിൽ ഒരു പുറമേക്കാരനായിട്ട് തീരും നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ് എന്താണോ അറിയോ എനിക്ക് ഒരിക്കലും വലിയ സന്തോഷമുണ്ടായി എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അമ്പലത്തില് ജപിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരാള് വേറെ ഒരാളെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ആ വന്ന ആള് ഒരു ചെറിയ കുട്ടി അവിടെ ഇരുന്ന് ജപിക്കുന്നത് കണ്ടപ്പോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇവര് രണ്ടുപേരും കണ്ടില്ല ഇയാള് മറ്റേ ഒരാളോട് ആക്ഷനിൽ ചോദിച്ചു ഇയാൾ ആരാണ് ഈ ചോദിച്ചു മറ്റേ പറഞ്ഞു അല്പം മണ്ടയ്ക്ക് ലൂസ് തലയ്ക്ക് ലൂസ് പിരിവിട്ട് പോയിരിക്കണം വലിയ സന്തോഷമായി എന്താന്ന് വെച്ചാൽ ലോകം നമുക്ക് തരേണ്ട സർട്ടിഫിക്കറ്റ് അല്പം ദേഹത്തിന് തലയ്ക്ക് സൂക്കേടുണ്ട് ഭ്രാന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു പറയും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണെങ്കിലോ ഞങ്ങളുടെ വീട്ടിൽ കല്യാണത്തിന് വരണം പേരിടലിന് വരണം നാമകരണത്തിന് വരണം ചോറൂണിന് വരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടേ ഇരിക്കും നമ്മളൊരു സമൂഹത്തിൽ ജീവിച്ചാൽ ദിവസം നമുക്ക് പോവാൻ ഒരു കല്യാണം ഉണ്ടാവും ഒരു വിശേഷം ഉണ്ടാവും എന്തെങ്കിലും ഒരു ഉത്സവം ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ കിട്ടിക്കോളൂ അതാണ് ഉദ്ധവർക്ക് ഭഗവാൻ സ്പെഷ്യൽ വാർണിംഗ് കൊടുക്കുന്നത് സ്നേഹം സ്വജന ബന്ധുഷു ബന്ധുക്കളോടും അവരോടും ഒക്കെ സ്നേഹമൊക്കെ ആവട്ടെ പക്ഷെ ആ സ്നേഹമൊക്കെ അല്പം നീക്കി വെക്കണം ഭഗവാന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ എന്നാണ് ഒരു സാധകൻ ഒരു സാധു നിത്യനിരന്തരം രാമനാമം ജവിച്ചുകൊണ്ടിരിക്കും എനിക്ക് പരിചയമുള്ളൂ ഒരു സാധു അദ്ദേഹം വളരെ നിഷ്ഠയുള്ള താപസന ദിവസം ഒന്നര ലക്ഷം എന്ന രാമനാമം ജപിക്കും അതിനൊരു നിഷ്ഠയൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിനെയും ആളുകള് ക്ഷണിക്കാനൊക്കെ വരും കല്യാണത്തിനും മറ്റുമൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കാമെന്നാ അദ്ദേഹം പറയും ഞാൻ എവിടെയും പോവാറില്ല എന്നെ വിളിക്കണ്ട എന്ന് പറയും നമ്മുടെ ആളുകൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ എന്നാലും അങ്ങ് വന്ന് അവരെയൊക്കെ അനുഗ്രഹിക്കേണ്ടേ അങ്ങ് വന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും ഇദ്ദേഹം പറയുന്നത് എന്താ അറിയോ ഭഗവാൻ എന്നെ കൊണ്ട് ഒരു ദിവസം ഒന്നര ലക്ഷം രാമനാമം ജപിച്ച് ഒരു നിഷ്ഠയോടുകൂടെ ഇരിക്കണം എന്ന് നിർബന്ധപൂർവം എന്നെ ഏൽപ്പ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യണം അതിൽ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അവിടെ കല്യാണത്തിന് വന്നാൽ അത് ആ കല്യാണം കഴിക്കുന്ന കുട്ടികൾക്കൊന്നും നല്ലതിനല്ലാതായി പിന്നെ അവർ വിളിക്കോ അതിൽ കുറിച്ചാലും പിന്നെ ആരും വിളിക്കില്ല അപ്പോ ഞാൻ ഇവിടെ അപ്പൊ അവരെന്ത് പറയും നമസ്കാരം നിങ്ങൾ ഇവിടുന്ന് അനുഗ്രഹിച്ചാലേ അവിടെ വന്ന പോലെ ആയി എന്ന് പറഞ്ഞു പോവും ഇതാണ് മാറി നിൽക്കുക എന്നുള്ളതിന് ഒരു അതായത് വിരോധം ഉണ്ടാവാത്ത വിധത്തിൽ സമൂഹത്തിൽ ഇരിക്കുകയാണെങ്കിൽ വിരോധമുണ്ടാവാത്ത വിധത്തിൽ മാറി നിന്നോളാം ആർക്കും വിരോധം പക്ഷേ നമ്മൾ ബലമായിട്ട് പറയുകയാണെങ്കിൽ ആർക്കും വിരോധം തോന്നില്ല കുറെ കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുവറ്റത്തിലുള്ള ആളുകളൊക്കെ ഒരേ ഏകദേശം ഒരേ കൂട്ടത്തിലുള്ള ആളുകളല്ലേ അങ്ങടും ഇങ്ങടുമ്പോ കല്യാണവും ഒക്കെ ആയിട്ട് വരാൻ പോണത് അവരൊക്കെ കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇദ്ദേഹം ഇങ്ങനെയാണ് ആ ഒരു സീൽ അടിക്കുന്നവരേ ബുദ്ധിമുട്ടുള്ളൂ ആ സീൽ സ്റ്റാമ്പ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിരോധമൊന്നും ഉണ്ടാവില്ല നിർബന്ധിക്കുമില്ല വിളിക്കാൻ വരുമ്പോ തന്നെ അവർക്ക് അറിയാൻ വരില്ല എന്ന് ചിലപ്പോ നിർബന്ധിക്കൊന്നുമില്ല ആ ഒരു സ്വാതന്ത്ര്യം സമൂഹത്തിന്റെ നടുവിലിരിക്കുന്ന ആളുകൾ നേടിയെടുത്താലേ ഭഗവത് ഭജനം സഫലമാവുള്ളൂ ഒരു വയസ്സിന് മേൽ ഒരു സമൂഹ ജീവിയായിട്ടിരിക്കാനൊരു വയസ്സുണ്ട് ആ സമയത്തൊക്കെ പോയിട്ട് വരിക ചുമതലകൾ തീർക്കാവൊക്കെ നടക്കട്ടെ പക്ഷേ ഇനിമേലാൽ എനിക്ക് ഒരൊറ്റ വ്രതമേ ഉള്ളൂ ഒരു കടപ്പാടെ ഉള്ളൂ ഭഗവാനോട് മാത്രം എന്ന് നിശ്ചയിക്കുന്ന ഒരു വയസ്സുണ്ടല്ലോ അതിനുശേഷവും പിന്നെയും കല്യാണവും അതും ഇതുമായിട്ട് പോയിക്കൊണ്ടിരുന്നാൽ എപ്പോ കാലൻ കഴുത്തിൽ കുരുക്കിടും എന്ന് അറിയില്ല അതുകൊണ്ട് ഒരു വയസ്സിന് മേലെയെങ്കിലും ഒരു സ്റ്റേജിന് മേലെയെങ്കിലും ഒരിടത്ത് നോ എന്ന് പറയാൻ കഴിയണം അതും പരിത്യാഗത്തിന്റെ സ്വരൂപമാണ് പരിത്യാഗത്തിന്റെ സ്വഭാവമാണ് സ്നേഹം സ്വജനബന്ധുഷു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ് എല്ലാവർക്കും വേണ്ടത് എന്ത് വേണമെങ്കിൽ ചെയ്യാം സാധിക്കുമെങ്കിൽ പക്ഷേ വേണ്ടാതെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് കുടുങ്ങരുത് അതാണ് ഭക്തിക്ക് മുഖ്യമായ തടസ്സം നോൺ എസെൻഷ്യൽ അത്യാവശ്യം എന്നുള്ളതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് അനാവശ്യമുണ്ട് നമ്മൾ അനാവശ്യത്തിൽ കുടുങ്ങിയാൽ പിന്നെ ഭക്തിയൊക്കെ പോയി പോകും ഇവിടെ ഉദ്ധവരോട് ഭഗവാൻ പറയുന്നത് ഉദ്ധവരെ മതി ഇപ്പൊ നൂറ് വയസ്സ് നൂറ്റി ഇരുപത് വയസ്സായി ഇനിമേലാൽ താങ്കൾക്ക് ലോകത്തിൽ ചെയ്യേണ്ടതായിട്ട് യാതൊന്നും തന്നെ ത്വം തു സർവം പരിത്യജ്യം സ്നേഹം സ്വജന ബന്ധുഷു മൈ ആവേശമനഹ ഈ പുറമേക്കുള്ള ത്യാഗം മാത്രം പോരാ ചിലരുണ്ടാവും ലോകത്തിന് മുഴുവൻ വെറുത്തു നടക്കണവരും അത് ഭക്തിയോ ജ്ഞാനമോ ആവില്ല ഈ പുറമേക്കുള്ള ത്യാഗം അകമയ്ക്കുള്ള യോഗമായിട്ട് മാറണം ഈ പുറമേക്കുള്ള ഈ പോക്ക് എന്തിനാ എന്ന് വെച്ചാൽ അകമയ്ക്ക് കുടത്തിനകത്ത് വെച്ച ദീപം പോലെ അകമയ്ക്ക് തത്വജ്ഞാനം തെളിയണം ഭഗവത് അനുഭവം തെളിയണം അകമയ്ക്ക് മൈ ആവേശ്യ മനഹ മനസ്സിനെ ഭഗവാന്റെ ദിവ്യരൂപത്തിൽ നിർത്തണം ഭഗവത് ഭജനത്തിലേക്ക് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം മനസ്സേ ഇത്രകാലം പുറത്തൊക്കെ തെണ്ടി നടന്നിലേ മതി ഇനി ഭഗവത് ഭജനം ചെയ്യ അലഞ്ഞു നടന്നതൊക്കെ മതി ഇനി ഭഗവാന്റെ അടുത്തേക്ക് മനസ്സിനെ ഏൽപ്പിക്കുന്നു ആത്മാവിൽ മനസ്സിനെ നിർത്തുന്നു സ്വരൂപ ചെയ്യുന്നു ബാക്കിയൊക്കെ നിർത്തിക്കളയുന്നു വളരെ ബുദ്ധിപൂർവം കുശലതയോടുകൂടെ നമ്മളുടെ കുടുംബ ലോകകാര്യവും ഒക്കെ ഒരു കോമ്പൗണ്ട് വാള് കെട്ടി നിർത്തിയാലേ ഭജനം ചെയ്യാൻ പറ്റും അങ്ങനെ മയ്യാവേശ്യ മനസ്സമ്യക് മനസ്സിനെ എന്നിൽ നിർത്തിക്കൊണ്ട് ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു ഉദ്ധവരെ നിത്യനിരന്തരമായി എന്നെ ധ്യാനിച്ചുകൊണ്ട് സമദർശിയായിട്ട് ലോകത്തിൽ സഞ്ചരിക്കും സമദർശി എന്ന് വെച്ചാൽ എന്താ ഒരിടത്തും ഏറ്റത്താഴ്വ് കാണാത്ത ആള് എവിടെയെങ്കിലുമൊക്കെ ഏറ്റത്താഴ്വ് കണ്ടാൽ അവിടെ വീണുപോകും ഒരു വ്യത്യാസമില്ല യാതൊന്നിലും ഭേദമില്ല യാതൊന്നിലും ഒരു പ്രത്യേകതയും ഇല്ലാതെ സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം രാശിവ സ്വാമികൾ അങ്ങനെ അവധൂതനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറയണു കിം കർത്തവ്യം കിം അകർത്തവ്യം കിം കരണീയം കിം അകരണീയം സർവം ബ്രഹ്മമയം യാതൊന്നും ചെയ്യാനില്ല യാതൊന്നും നേടാനില്ല എന്നുള്ള അവസ്ഥയിലാണ് സ്വാമികൾ അങ്ങനെ സഞ്ചാരം ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് നാനാത്വ ദർശനമേ ഇല്ല ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപം മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഗ്രഹിക്കപ്പെടുന്നതൊക്കെ ഒന്നിൽ സർവവും മായാമയം എന്ന് നിശ്ചയിക്കുക അത് ആദ്യ രണ്ടാമത്തെ പടിയോ സർവവും ബ്രഹ്മമയം എന്ന അനുഭവം ഉണ്ടാകും എന്താന്ന് വെച്ചാൽ മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും ഒക്കെ കാണുന്നത് ബോധമാണ് ബോധമല്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ഈ മൈക്ക് എന്ന് നമ്മൾ പറയണത് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ വേണമെങ്കിൽ പറയും ഇത് മൈക്കൊന്നുമല്ല ഇത് കുറച്ച് ഇലക്ട്രോൺസും ന്യൂട്രോൺസുമാണോ എന്ന് പറയും വേദാന്തം പറയണു ഇവിടെ ഇലക്ട്രോണും ഇല്ല ന്യൂട്രോണും ഇല്ല ബോധം മാത്രമേ ഉള്ളൂ ഒരച്ച വസ്തുവേ ഉള്ളൂ ഒരേ ഒരു വസ്തു അജ്ഞാനം മൂലം വാസന മൂലം നാനോ വസ്തുക്കളായിട്ട് തോന്നുന്നു നാമരൂപത്തിന് നമ്മൾ പ്രത്യേകത കൽപ്പിക്കുമ്പോ വസ്തുവിനെ മറന്നുപോകും വസ്തുവിനെ കാണുമ്പോൾ നാമരൂപത്തിന് പ്രത്യേകത ഉണ്ടാവില്ല കഴിഞ്ഞ പറഞ്ഞു എന്ന് തോന്നുന്നു ഞാൻ ഉദാഹരണം ഒരുപക്ഷെ ഇവിടെ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥാപാത്രങ്ങളെയൊക്കെ പ്രതിമാരൂപത്തിൽ ഉണ്ടാക്കി നിരത്തി നാളെ ഒരു എക്സിബിഷൻ മണ്ണുകൊണ്ടല്ല സ്വർണം കൊണ്ട് കൊച്ചിയിലുള്ള ആളുകൾ മുഴുവൻ കാണാൻ വരും ഇവിടെ അങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കി നിരത്തി ചില ആളുകളൊക്കെ ഭക്തിയുള്ളവര് രാമന്റെ വിഗ്രഹത്തിന് നമസ്കരിക്കും ഒരു പക്ഷെ ലക്ഷ്മണനും ഭരതനും സീതയ്ക്കും ഒക്കെ നമസ്കാരം കിട്ടും പക്ഷെ രാവണനെ ആരും നമസ്കരിക്കില്ല കുംഭകർണനെ ആരും നമസ്കരിക്കില്ല ഹനുമാനെ വേണമെങ്കിൽ നമസ്കരിക്കും മഹാഭാരത കഥാപാത്രങ്ങളാണെങ്കിൽ കൃഷ്ണനെ നമസ്കരിക്കുമായിരിക്കും വേണമെങ്കിൽ ധർമ്മപുത്രനെയോ അർജുനനെയോ ഒക്കെ നമസ്കരിച്ചു വരാം ദുര്യോധനനെയോ ശകുനിയോ ദുശാസനെയോ ഒന്നും ആരും നമസ്കരിക്കില്ല ഈ സ്വർണപ്രതിമ ഇത്ര രൂപ തന്നാൽ സ്പോൺസർ ചെയ്ത ആൾക്ക് കൊടുക്കപ്പെടും എന്ന് അനൗൺസ് ചെയ്താൽ എല്ലാവർക്കും രാമനും കൃഷ്ണനും ഒക്കെ വേണ്ടി വരുള്ളൂ ആരും കുംഭകർണനയോ രാവണനെയോ ഒന്നും ചോദിക്കില്ല പക്ഷേ ഈ സ്വർണപ്രതിമ കക്കാനായിട്ട് തീരുമാനിച്ച് കുറെ കള്ളന്മാരെ വരികയാണെന്ന് വെച്ചോളൂ അവര് രാമനെ മാത്രമേ എടുത്തുകൊണ്ട് ആദ്യം രാവണനെ എടുത്ത് ബാഗിലിടും എന്താ പത്ത് തലയുണ്ടോ അതിൽ കുംഭകർണനെ എടുത്ത് ബാഗിലിടും വലിയ ശരീരം അവര് ഇത് കുംഭകർണനും അവർക്ക് മുഖ്യമല്ല രാവണനും മുഖ്യമല്ല രാമനും മുഖ്യമല്ല ധർമ്മപുത്രനും മുഖ്യമല്ല അർജുനനും മുഖ്യമല്ല അവർക്ക് സ്വർണം മാത്രമേ മുഖ്യമായിട്ടുള്ളൂ കനകൈക്ക മഹാബുദ്ധി ഉള്ളിലുള്ള വസ്തുവിനെ മാത്രം കാണുമ്പോ അവർക്ക് ഈ നാമരൂപങ്ങളെ മുഖ്യമല്ല നാമരൂപത്തിനെ കാണുന്നവർക്ക് അതിലൂടെ വസ്തു മുഖ്യമല്ല ജ്ഞാനികളൊക്കെ ഏകദേശം ഈ കള്ളനെ പോലെയാണ് കഖാമരണവനെ പോലെയാണ് അവര് വസ്തുവിനെ മാത്രം കാണുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകതയില്ല ഒരു രാഗദ്വേഷവും ഇല്ല നേരെ പ്രാമുഖ്യമുള്ള ആളുകൾക്ക് നമുക്ക് ആശ്രയ പ്രാമുഖ്യമാണോ വ്യവഹാര പ്രാമുഖ്യമാണോ ജീവിതത്തിൽ തീരുമാനിക്കേണ്ട മുഖ്യമായ ഒരു കാര്യമാണ് ഉള്ളില് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് ആശ്രയം വേണോ വ്യവഹാരം വേണോ ആശ്രയം വേണം എന്നുള്ള ഉത്തരമാണ് ഹൃദയത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തന്മാരാണ് വ്യവഹാരമാണ് വേണ്ടത് ഉത്തരമാണ് ഉള്ളിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ നമ്മൾ ലൗകികന്മാരാണ് വ്യവഹാര പ്രാമുഖ്യമുള്ള ആള് എനിക്ക് രാമൻ വേണം രാവണം വേണം എന്ന് പറയുന്ന ആളാണ് ആശ്രയ പ്രാമുഖ്യമുള്ള ആള് കക്കാൻ വരുന്ന പോലെ അയാൾ സ്വർണത്തെ മാത്രം കൊണ്ടുപോകുന്ന ആളാണ് വ്യവഹാര പ്രാമുഖ്യം ഉള്ളപ്പോ എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് തോന്നും അതിൽ രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ട് ലോകത്തിൽ വ്യവഹാരത്തിന് പ്രാമുഖ്യം ഉള്ളപ്പോ സർവവും ഭഗവത് സ്വരൂപം എന്ന് കൽപ്പിച്ച് വ്യവഹരിക്കാൻ ഒക്കില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നത് അത് വേണ്ട നമുക്ക് ആ വേണ്ട ആശ്രയ ആശ്രയ പ്രാമുഖ്യം ഉണ്ടെങ്കിൽ ആ ജ്ഞാനത്തിന് നമ്മൾ സ്വീകരിക്കും ഇവിടെ വ്യവഹാരമൊക്കെ കഴിഞ്ഞിരിക്കണോ ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു ഉദ്ധവരെ ഇനി ആ വ്യവഹാരത്തിനെ മാറ്റിവെച്ച് സത്യത്തിനെ ആശ്രയിക്കാം സത്യത്തിനെ ആശ്രയിക്കൽ എന്താണ് വസ്തു ഒന്നേ ഉള്ളൂ എന്നുള്ള തത്വം പ്രതിജ്ഞ ചെയ്ത് സങ്കൽപ്പം ചെയ്ത് സ്വീകരിക്കാം പുംസഹ അയുക്ത നാനാർത്ഥോ ഭ്രമസഗുണദോഷാക് കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിത യോഗസ്ഥിതിയിലില്ലാത്ത പുരുഷന് നാനാർത്ഥാ പ്രതീയത്തെ യോഗസ്ഥിതിയിൽ അയുക്തനായിട്ടുള്ള പുരുഷൻ യുക്തൻ ആരാണ് നമ്മൾ ഗീതയിലൊക്കെ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം ആരുടെ ചിത്തം നിത്യനിരന്തരം ആത്മാവിലെ നിൽക്കുന്നു ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്നുള്ള അജ്ഞാനം തീണ്ടാതെ നിൽക്കുന്നുവോ ഞാൻ ശുദ്ധബോധസ്വരൂപനായ ബ്രഹ്മമാണ് ജഗത് മുഴുവൻ പരമാത്മ സ്വരൂപമാണെന്നുള്ള ദാർഢ്യം ആർക്ക് പതുക്കെ പതുക്കെ ഉണ്ടായിരിക്കുന്നു ഞാൻ എന്നുള്ള അനുഭവത്തിനെ ആര് ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു അവൻ യോഗിയാണ് അങ്ങനെയുള്ളവന് പതുക്കെ പതുക്കെ പതുക്കെ ഈ ഭേദങ്ങളൊക്കെ വിട്ടുപോകും ആ കേന്ദ്രസ്ഥാനത്തിനെ കാണാത്തവനെയാണ് ഭഗവാൻ ഇവിടെ അയുക്തൻ എന്ന് പറയണത് അവൻ ഹീസ് നോട്ട് സെന്റേഡ് ഇൻ ഹിംസെൽഫ് ഹീസ് ലിവിംഗ് ഇൻ മൈൻഡ് മനസ്സിൽ നിൽക്കുന്ന ആള് ബുദ്ധിയിൽ നിൽക്കുന്ന ആള് ശരീരത്തിൽ നിൽക്കുന്ന ആളെയാണ് ഭഗവാൻ അയുക്തൻ എന്ന് പറയണത് ഹൃദയത്തിൽ നിൽക്കുന്ന ആളെയാണ് യുക്തൻ എന്ന് പറയണത് ശരീരത്തിലോ മനസ്സിലോ ബുദ്ധിയിലോ നിൽക്കുന്നവരൊക്കെ അയുക്തന്മാരും ഹൃദയസ്ഥാനത്തിൽ ദൃഢപ്രതിഷ്ഠ നേടിയവൻ യുക്തനുമാണ് അയുക്തനായിട്ടുള്ള ആൾക്ക് നാനാർത്ഥ നാനാ വസ്തുക്കൾ ഇവിടെ ഉണ്ട് ഒന്നായ നിന്നയുഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ മതം ഒരേ ഒരു വസ്തുവിനെ പലതായിട്ട് കണ്ടു ഭഗവാൻ പറയുന്നു നിങ്ങൾക്കിപ്പോ ഈ വിചാരം ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട കൃഷ്ണഭക്തി ഉണ്ടോ ഗോശ്രീപുരേശ്വരൻ പറയണു സ്വീകരിച്ചോള ഭഗവാൻ പറയണു സ്വീകരിച്ചോള നാനാർത്ഥ ഭ്രമ ഗുണം ദോഷം ഇത് നല്ലത് ഇത് ചീത്ത ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളതിലാണ് നമ്മുടെ മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണദോഷധിയോഭിത ഇത് കർമ്മം ചെയ്യണം ചെയ്യാൻ പാടില്ല അപ്പൊ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലേ ഭഗവാനോട് പറയണത് നിങ്ങളെ സർവേശ്വരന്റെ കയ്യിൽ ഒരു യന്ത്രമായി ഏൽപ്പിച്ചിട്ട് സ്വതന്ത്രരാവാനാണ് ചെറിയ കുട്ടികളെ പോയി പോലെ ആയി തീർന്നോളാനാണ് തസ്മാ യുക്തേന്ദ്രിയ ഗ്രാമം യുക്തചിത്ത ഇതം ജഗത് ആത്മനി ഈക്ഷസ്വവിതം ആത്മാനം മൈ അതീശ്വരേ ഈ അതിഗംഭീരമാണ് വളരെ പ്രൊഫണ്ടാണ് പറയാതിരിക്കാനും വയ്യ പറയാനും വയ്യ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ തേള് കൊത്തിയ പോലെ തന്നെ കള്ളനെ നിലവിളിക്കാനും വയ്യ നിലവിളിക്കാതിരിക്കാനും വയ്യ എന്നുള്ള സ്ഥിതിയാണ് കള്ളനെ തേള് കടിച്ചാൽ തക്കാൻ വന്നതാണ് നിലവിളിക്കാൻ പറ്റുമോ നിലവിളിക്കാൻ വയ്യ എന്നാൽ നിലവിളിക്കാതിരിക്കാൻ വയ്യോ വേദനിച്ചിട്ട് നിലവിളിക്കാതിരിക്കാനും പറ്റും അതുപോലെ ഈ ശ്ലോകം കാണുമ്പോ അർത്ഥം പറയണമെന്ന് തോന്നുന്നു എന്താന്ന് വെച്ചാൽ എന്നെ വിളിച്ച് ഏകാദശം പറയാൻ പറഞ്ഞു നിങ്ങളുടെ ചുമത്തല ഇന്ന് അർത്ഥം മനസ്സിലാവില്ല എന്ന് ആരും എൻ്റെ അടുത്തൊന്നും പറയരുത് അതിനാണ് ആദ്യം തന്നെ പറഞ്ഞു വെക്കണത് പുംസ ഇവിടെ ഭഗവാൻ പറയുന്നു ഇന്ദ്രിയങ്ങളെ താളത്തിൽ നിർത്തുക യുക്തേന്ദ്രിയ ഗ്രാമ മനസ്സിനെ താളത്തിൽ നിർത്തുക ഭഗവാ ഈ സ്റ്റെപ്പേ ഞങ്ങൾ കയറിയിട്ടില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും അത് നിങ്ങളുടെ പാട് തസ്മാത് യുക്തേന്ദ്രിയ ഗ്രാമ യുക്തചിത്താം ഇതം ജഗത് പേടിക്കണ്ട നിങ്ങളൊക്കെ യുക്തേന്ദ്രിയ ഗ്രാമന്മാരാണ് യുക്തചിത്തന്മാരാണ് അല്ല എന്ന് ധരിക്കരുത് നമ്മൾ എന്ത് ആണ് എന്ന് പറയണോ നമ്മൾ അതായിട്ട് തീരും നമ്മൾ എന്ത് അല്ല എന്ന് പറയണോ അതല്ലാതായിട്ട് തീരും അതുകൊണ്ട് തീരുമാനിച്ചോള ഭഗവാൻ നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഈ സത്സംഗത്തിൽ വന്നിരിക്കുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഏകാദശ സ്കന്ധം കേൾക്കുന്നത് ഭഗവാന്റെ കൃപയാണ് നമ്മളെ കേൾക്കാൻ വയ്ക്കുന്നത് അപ്പൊ തന്നെ ഭഗവാൻ നിശ്ചയിച്ചിരിക്കണു നമുക്ക് കേൾക്കാൻ യോഗ്യത കൊണ്ട് ഇനി നമ്മളെന്തിന് നമ്മളുടെ യോഗ്യതയെ താഴ്ത്തി കെട്ടണം ഭഗവാനല്ലേ നിശ്ചയിച്ച് നമ്മളെ പിടിച്ചിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആവും ചില ആളുകളുണ്ട് റെഗുലറായിട്ട് അവർ പറയും നിങ്ങളുടെ പ്രഭാഷണം കേൾക്കാനേ പറ്റണല്ലോ എന്ന് ശരി ഞാൻ കൊച്ചിക്ക് വരേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് തലേദിവസം അവർ മദ്രാസിലേക്ക് പോകും അത് കഴിഞ്ഞ് നമ്മള് പുറപ്പെടുന്നതിന് അടുത്ത ദിവസം ഇവിടെ വരും വേണമെന്ന് വെച്ചിട്ടല്ല ചിലര് റെഗുലറായിട്ട് നടക്കും അതുവരെ ഉണ്ടാവും ആ സ്ഥലത്ത് കൊച്ചിയിൽ ഒരു ഉദാഹരണം പറഞ്ഞു ഉള്ളൂ എന്ത് ചെയ്യാം ഭഗവാൻ പറഞ്ഞു നീ ഇവിടെ ഈ ജ്ഞാനം തനിക്ക് അപകടമാണ് ഇവിടുന്ന് പോകും എന്താന്ന് വെച്ചാൽ തനിക്ക് ഇനി ചില പ്രാരബ്ധങ്ങളും കുഴപ്പങ്ങളും ഒക്കെ അനുഭവിക്കാനുണ്ടോ ഒക്കെ അനുഭവിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ എടുത്തുവിടുന്ന് അങ്ങോട്ട് വെക്കുകയാണ് അത് കഴിഞ്ഞ് ഈ അപകടകാരി ഇവിടുന്ന് പോയാൽ അതിവിടെ കൊണ്ടുവന്ന് വയ്ക്കും അതൊക്കെ ഭഗവാൻ ഈ കളിക്കണ പോലെ ഓരോരുത്തരെയും വെച്ച് കളിക്കല്ലേ അപ്പോ ഭഗവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഏകാദശം പറയണമെന്നും നമ്മൾ കേൾക്കണമെന്നും ഒക്കെ അപ്പൊ ആ ഭഗവാന്റെ ചുമതല നമുക്ക് അനുഭവപ്പെടുത്തി തരണതും അതെന്തിനും നമ്മളുടെ ചുമതലയായിട്ട് വയ്ക്കണോ ഏത് സർവേശ്വരൻ ഈ ഹൃദയത്തിലിരുന്ന് പറയുന്നുവോ ഏത് സർവേശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിലിരുന്ന് കേൾക്കണവോ ആ സർവേശ്വരൻ വേണമെങ്കിൽ അനുഭവിച്ചു തരട്ടെ അനുഭവിപ്പിച്ചു തരട്ടെ അനുഭവപ്പെടുത്തി തരും വടിക്കണ്ട തസ്മാത് യുക്തേന്ദ്രിയ ഗ്രാമ ഇന്ദ്രിയങ്ങളുടെ കൂട്ടം ഈ ശരീരത്തിൽ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നതായി ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം തന്നെ ഭഗവാന് വഴങ്ങിക്കൊടുത്ത് ഭക്തിസാധനയ്ക്ക് കൂട്ടുനിന്ന് നമ്മളെ വഴിപഴപ്പിക്കാതെ ഇരിക്കുന്ന സ്ഥിതിയാണ് യുക്തസ്ഥിതി സത്സംഗത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോ ഈ ഇപ്പൊ നല്ല ടി സീരിയൽ ഉണ്ട് അത് കാണാം എന്ന് കണ്ണു പറയണില്ല കണ്ണിനോട് കൂട്ടു ബുദ്ധിയും സമ്മതിക്കണില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേൾക്കാം എന്ന് ചെവി പറയണില്ല നാവ് പറയണില്ല ൾ അല്പസ്വൽപ്പം വിഷയങ്ങൾ രമിച്ചാൽ പോലും ഭഗവത് ഭക്തിക്ക് കൂട്ടു നിൽക്കുകയാണെങ്കിൽ അവർ യുക്തമാണ് യുക്തേന്ദ്രിയ ഗ്രാമ ചിത്തം എപ്പ യുക്തമാവും അതിന്റെ കാര്യം പറയേ വേണ്ട മഹാഭോക്കാണ് മനസ്സിനെ പിടിച്ച് നിർത്തേണ്ട ആവശ്യമില്ല മനസ്സിനെ ഏകാഗ്രപ്പെടുത്തണം എന്നും ഞാൻ പറയണില്ല െ പ്രാമുഖ്യം കൊടുക്കാതിരുന്നാൽ തന്നെ മനസ്സിനെ തരണം ചെയ്യാൻ പറ്റും മനസ്സഹ അസംഘം ഇതാണ് ഭാഗവതത്തിൽ പറയുന്ന ഒരു മുഖ്യമായ ഒരു മാർഗം മനസ്സിനെ അപേക്ഷിച്ചുകൊണ്ടുള്ള സാധനയും മനസ്സിനെ അപേക്ഷിക്കാത്ത സാധനയും രണ്ടു മാർഗമുണ്ട് ലോകത്തിൽ സാധാരണ കേൾക്കപ്പെടുന്നതൊക്കെ മനസ്സിനെ അപേക്ഷിച്ചുകൊണ്ടുള്ള സാധനയാണ് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി പിടിച്ചു നിർത്തി അതും ഒരു സ്റ്റേജാണ് അതും വേണം ഒരു അവസ്ഥയ്ക്ക് ശേഷം മനസ്സിനെ മാറ്റി നിർത്തുക മാറ്റി നിർത്തൽ എന്ന് വെച്ചാൽ അതിന് മനസ്സ് വഴങ്ങിത്തരണം അതാണ് മനസ്സ് യുക്തം അത് കുറെ സത്സംഗം ജപം ധ്യാനം ഏകാഗ്രത കൊണ്ട് വഴങ്ങി തന്ന മനസ് പതുക്കെ നമ്മളുടെ മേലെയുള്ള സ്വാധീനം വിടും അതിനൊരു സാധനയുണ്ട് മനസ്സിനെ റെസിഗ്നേഷൻ കൊടുക്കാൻ ഇത്ര നമ്മളുടെ ശരീരമാവുന്ന ഓഫീസിലെ മാനേജർ മനസ്സായിരുന്നു ഇനി ആ മാനേജറിനെ പിരിച്ചുവിടണം പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം സകല കറപ്ഷനും ചെയ്യും ഈ ഓഫീസില് അദ്ദേഹത്തിനെ പിരിച്ചുവിടാൻ ഒരു സാധന എന്താ സാധന എന്ന് വെച്ചാൽ നമ്മളുടെ നിത്യാനുഷ്ഠാനങ്ങളുണ്ടല്ലോ ജപം പൂജ ഇതിനൊക്കെ മുമ്പ് ഒരു സങ്കൽപ്പം ചെയ്യണം ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു നൂറ്റിയെട്ട് ദിവസം ദിവസവും ദശസഹസ്രം അല്ലെങ്കിൽ അയ്യായിരം ജപം ചെയ്യാവുന്ന ആളുകളാണെന്ന് വെച്ചോളാം എത്രയെങ്കിലും അവരവരുടെ അനുസരിച്ച് ജപിക്കുന്നതിന് മുമ്പ് സാധാരണ നമ്മള് എല്ലായിടത്തും കേട്ടിട്ടുള്ളത് എന്താ മനസ്സിനെ ബലമായി പിടിച്ച ഒരിടത്ത് നിർത്തുക അങ്ങനെയാണ് കേൾക്കാം ഇപ്പൊ ഞാൻ വേറൊരു മാർഗം പറയാൻ പോവാണ് മനസ്സിനോട് പറയുക ജപിക്കാനിരിക്കുന്നതിന് മുമ്പ് ഹേ മനസ്സേ ഞാൻ നൂറ്റിയെട്ട് ദിവസം ദിവസവും രാവിലെയും വൈകിട്ടും ഇവിടെ ഇരുന്ന് ഇത്ര ജപിക്കാൻ പോകുന്നു തനിക്ക് ഞാൻ ലോകം മുഴുവൻ ചുറ്റാനുള്ള ഒരു ഹോൾ വേൾഡ് ടൂർ ടിക്കറ്റ് വാങ്ങിച്ചു തരാം താൻ എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളാം തനിക്കും എനിക്കും തമ്മിൽ ബന്ധമില്ല താൻ വേറെ ഞാൻ വേറെ നാഹം മനഹ മനോബുദ്ധി അഹങ്കാര ചിത്താണി നാഹം ഈ മനസ്സ് ഞാനല്ല മനസ്സേ എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളാം ഞാൻ ഇവിടെ ജപിച്ചുകൊണ്ടിരിക്കും തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ സാധനയിൽ നിന്നും ആരംഭിച്ച് നമ്മളുടെ നിത്യ അനുഷ്ഠാന കർമ്മങ്ങളിലെ എല്ലാത്തിലും തന്നെ മനസ്സിനെ അപേക്ഷിക്കാതെ ശുദ്ധ ബുദ്ധിയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ജീവിക്കാമെങ്കിൽ പതുക്കെ പതുക്കെ മനസ്സിന് നമ്മളുടെ സ്വാധീനം പോവും ഇപ്പൊ മനസ്സിന്റെ സ്വാധീനം എന്താ മനസ്സ് ടി കാണാൻ പറഞ്ഞാൽ നമ്മൾ കാണും മനസ്സ് നമ്മൾ ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി നമ്മളെ ചുവട്ടിലേക്ക് താഴ്ത്തിയിടുന്ന പ്രവൃത്തി ചെയ്യാൻ വന്നാൽ നമ്മൾ ചെയ്യും എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു കേട്ടിട്ടാണ് ജീവിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയണു മനസ്സേ നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല ചില വീട്ടിൽ ഈ വയസ്സായ ആളുകൾ ഉണ്ടാവും അവർ ആ ഒരു വയസ്സ് കഴിഞ്ഞാൽ അവരിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും ഇവർ ഇവരുടെ പാട്ടിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ ഈ വൃദ്ധൻ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മളുടെ കൂടെ കൂടി പടുകഴവനായിട്ടുള്ള ഈ മനസ്സ് ഉള്ളിലിരുന്ന് ജൽപ്പനം ചെയ്യട്ടെ ശ്രദ്ധിക്കാതിരുന്നാൽ ചത്തുപോകുന്നു പാവം ശിവശിവാ പോകും ഉപേക്ഷസ്വ മനസ്സിനെ ഉപേക്ഷിക്കാവുന്നതാണ് ഉപേക്ഷാ മാർഗമാണ് മന നിരപേക്ഷമായ മാർഗം മനസ്സ് എന്ത് വേണമെങ്കിലും പറയട്ടെ മനസ്സ് പറയണ പോലെ ഞാൻ കേൾക്കണില്ലെങ്കിൽ തന്നെ അപ്പൊ മനസ്സിന് ചിത്തവൃത്തി വരട്ടെ എന്തെങ്കിലും വരട്ടെ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ഒരാൾ ഡാൻസ് കളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡാൻസ് ചെയ്യട്ടെ അതുപോലെ ഉള്ളിൽ ഈ മനസ്സ് എന്തൊക്കെയോ പറയണം എന്ത് വേണമെങ്കിലും പറയട്ടെ എന്ത് കൂത്ത് വേണമെങ്കിലും കാണിക്കട്ടെ അതിൽ നമുക്ക് എന്ത് വേണം രാത്രി എന്തൊക്കെയോ സ്വപ്നം കാണുന്നു അതുകൊണ്ട് നമ്മൾ വല്ലതും ചേതം ഉണ്ടായോ മലയുടെ മോളിൽ വീഴുന്ന പോലെ സ്വപ്നം കണ്ടു രാവിലെ എണീക്കുമ്പോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അതേപോലെ ഈ മനസ്സ് എന്തൊക്കെയോ ഇപ്പോഴും ജാഗ്രതത്തിൽ സ്വപ്നം കാണുന്നതിനാണല്ലോ നമ്മുടെ ഉള്ളിലുള്ള ചലനം എന്ന് പറയണത് പ്രാമുഖ്യം കൊടുക്കരുത് അപ്പോ മനസ്സ് യുക്തമായിട്ട് തീരും അതായത് അവശേഷിക്കുന്ന മനസ്സ് പകുതി മനസ്സ് വിട്ടുപോകും ബാക്കിയുള്ള മനസ്സ് എന്ത് ചെയ്യും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം കേട്ടോ ഇനി ഉപദ്രവിക്കരുത് നിങ്ങൾ കൂടെ വരും അപ്പോ യുക്ത ചിത്തം യുക്തമായിട്ട് തീരും അതിനാണ് നമ്മളുടെ പൂർവകാല ഋഷികളൊക്കെ ചില അനുഷ്ഠാനങ്ങളൊക്കെ തന്ന് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ പോലും തരാതെ ഇതൊക്കെ ചെയ്യൂ എന്ന് പറയും എന്താന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ പതുക്കെ അനുസരിക്കാൻ പഠിച്ചാൽ തന്നെ മനസ്സ് പകുതിയും യുക്ത ചിത്ത ഇതം ജഗത് ഈ ജഗത്തിനെ മുഴുവൻ ഇത്രയും ഇന്ദ്രിയങ്ങളും മനസ്സും നമ്മളുടെ അധ്യാത്മ ഓടാനുള്ള രണ്ട് ചക്രങ്ങൾ അത് ബാലൻസ് ആയാൽ ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതം ജഗത് നമ്മളുടെ അനുഭവം രണ്ടു വിധത്തിലാണ് ഒന്ന് അഹം മറ്റൊന്ന് ഇതം ഒന്ന് ഞാൻ എന്നൊരനുഭവം പിന്നെ ഞാൻ കാണുന്ന ജഗത് ഈ രണ്ടെണ്ണമാണ് അതിൽ ഏതാണ് വാസ്തവം മതയത്തരം കൊണ്ട് സയൻസും നമ്മളും ഒക്കെ എന്താ ഈ അഹത്തിനെ വിട്ടുകളയുന്നു ഇതത്തിലാണ് മുഴുവൻ മൂമെന്റ്സും അഹം ഇദം രണ്ടാണോ അനുഭവം ഒന്ന് ഞാൻ ഉണ്ട് എന്ന അനുഭവം രണ്ട് ഞാൻ കാണുന്ന പ്രപഞ്ചം ഇതം ജഗത് ഇവിടെ ഭഗവാൻ പറയുന്നു ഇതം ജഗത് കാണപ്പെടുന്ന ജഗത്ത് ഉണ്ടല്ലോ ആത്മനി വിതത്തം ഈസ്വ വിതം എന്നർത്ഥം ഇരിട്ടത്ത് നിലവിളി കൂടി എന്താന്ന് വെച്ചാൽ പാമ്പ് ഇവിടെയൊക്കെ പാമ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ പാമ്പിനെ പേടിച്ചുകൊണ്ട് തന്നെ നടന്നു ചവിട്ടിയത് പാമ്പാണെന്ന് തോന്നി നിലവിളിച്ചു ലൈറ്റ് കൊണ്ടുവന്ന് നോക്കുമ്പോ ആരോ തന്റെ മുമ്പിൽ നടന്നുപോയ സ്ത്രീകളുടെ തലയിൽ നിന്നും വീണിട്ടുള്ള പൂമാല ആ പൂമാല കണ്ടിട്ടാണ് പാമ്പാണെന്ന് ധരിച്ചത് ധരിച്ചതുകൊണ്ട് പൂമാല പാമ്പായിട്ട് മാറുമോ യാതൊന്നും സംഭവിച്ചിട്ടില്ല പൂമാലയിൽ കണ്ട പാമ്പ് വിതതം ആണ് അത് കൽപ്പിതം ആണ് വാസ്തവത്തിൽ പൂമാലയ്ക്ക് പാമ്പിന്റെ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു മാറ്റവും സംഭവിക്കാതെ പൂമാലയിൽ പാമ്പിനെ കണ്ട പോലെ ആത്മാവിൽ ജഗത്തിനെ കാണുന്നു എന്നാണ് വേദാന്തികളുടെ പ്രതിജ്ഞ ഇത് കോൺസെപ്റ്റ് അല്ല സിദ്ധാന്തമല്ല അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട അനുഭവപ്പെടുത്തി തരാം പക്ഷെ അതിനെന്ത് വേണം ആദ്യം ഈ ജഗത്തിനെ വിട്ടിട്ട് ജഗത്തിനെ കാണുന്നവനെ പിടിക്കണം അപ്പോഴേ ആത്മനി വിതം എന്നുള്ളത് മനസ്സിലാവുള്ളൂ ജഗത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഈ തത്വം പിടിക്കിട്ടുകേ പാമ്പിനെ കണ്ടുകൊണ്ടേ എത്ര ആളുകളും എന്ന് പറഞ്ഞാൽ അവിടെ പാമ്പില്ല എന്ന് വിശ്വസിക്കില്ല ഞാൻ കണ്ടതാണേ എന്ന് പറയും എത്ര ആളുകൾ അറിയോ പ്രേതത്തിനെ കണ്ടിട്ട് ഞാൻ കണ്ടതാണ് കണ്ടതാണ് ശപഥം ചെയ്യണത് അവരോട് ഇല്ലാന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കുക ഞാൻ കണ്ടതാണ് ഞങ്ങളുടെ നാട്ടില് പേരൊക്കെ ഞാൻ മാറ്റി പറയാം നടന്ന സംഭവം ഒരു ചെറുപ്പക്കാരൻ അയാളുടെ സഹോദരന്റെ ഒരു കൂട്ടുകാരൻ ആ കൂട്ടുകാരന് കുട്ടന് പേര് ഈ കുട്ടൻ മരിച്ചു ഒരു സ്ഥലത്ത് ഒരു പാലത്ത് നിന്ന് ചുവട്ടിൽ വീണിട്ടാണ് മരിച്ചത് എന്ന് ഈ ചെറുപ്പക്കാരൻ കേട്ടു അടുത്ത ദിവസം രാത്രി സമയത്ത് ആ പാലത്തിലൂടെ ഇയാൾ നടന്നു വരുന്നുണ്ട് ഈ വർത്തമാനം കിട്ടിയിട്ട് കുറെ ദിവസമായി ഈ പാലത്തിൽ വരുമ്പോ ഇയാൾക്ക് ഉള്ളിലെ അല്ലെങ്കിലേ പേടി പ്രേതം ഭൂതം പല കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പേടി അപ്പൊ ഈ പാലത്തിൽ എവിടെയെങ്കിലും കുട്ടൻ വീണ സ്ഥലമാണ് പേടിച്ചുകൊണ്ടേയാണ് വരുന്നത് അവിടെ ആരോ ആ പാലത്തിൽ ഇരിക്കുന്നുണ്ട് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി ഈ കുട്ടൻ ഇരിക്കണു നല്ലവണ്ണം തെളിച്ചു കണ്ടു കുട്ടൻ ഇരിക്കണു പേടിച്ചു ഓടി തിരിച്ചു ചെന്നു പുറകെ ആരോ ഒരു വയസ്സൻ കുടയും പിടിച്ചു വരുന്നുണ്ട് അയാളുടെ പുറകെ കൂടി പതുക്കെ വന്നു വന്ന് നോക്കുമ്പോ ആളെ കാണാനില്ല അവിടെ ഇരുന്ന ആളെ കാണാനില്ല വീട്ടിൽ വന്നു പനിച്ചു കിടന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്തോ പേടിപ്പനിയാണെന്ന് വീട്ടിലുള്ളവർക്ക് മനസ്സിലായി അനിയൻ ചെന്ന് ചോദിച്ചു എന്താ പേട്ടം പേടിച്ചിരിക്കണമെന്ന് ചോദിച്ചു അല്ല തന്നോട് ഞാൻ പറയാം ഇനിമേല രാത്രി സമയത്ത് ആ പാലത്തിലേക്ക് പോകരുത് ആ മരിച്ച കുട്ടനുണ്ടല്ലോ ഞാൻ ശരിക്കും അവിടെ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു അനിയൻ ഉരുണ്ടുരുണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടാ മരിച്ചത് കുട്ടനല്ല കുട്ടന്റെ ഏട്ടനാണെന്നാണ് കുട്ടന്റെ ഏട്ടനാണ് മരിച്ചത് ഇയാൾ തെറ്റുധരിച്ച കുട്ടനാണെന്ന് ഇയാൾ കണ്ടത് കുട്ടനെ തന്നെയാണ് അവിടെ ഒരു തെറ്റുധാരണയിൽ കണ്ട കുട്ടനെ പ്രേതമായിട്ട് ധരിച്ചു ഭൂതമായിട്ട് ധരിച്ചു ഒരു തെറ്റുധാരണ ഇല്ലാത്ത വസ്തുക്കൾ എന്ന് കൽപ്പിച്ച് കാണിക്കാം എന്തിനെയോ കാണുന്നുണ്ട് പക്ഷെ കാണുന്ന വസ്തുവിനെ വേറെ എന്തോ ആയിട്ട് അജ്ഞാനം പറയുന്നു കയറിനെ പാമ്പാണെന്ന് പറയുന്നു കുറ്റിയെ പ്രേതമാണെന്ന് പറയുന്നു അതേപോലെ ഈ ജഗത്ത് എന്താണോ വാസ്തവത്തിലോക എന്നാണ് സംസ്കൃത പദം ലോക ലോക എന്ന് വെച്ചാൽ ആലോക്യത്തെ ഇത് ലോക അർത്ഥം അപ്പൊ കാണപ്പെടുന്നത് എന്ന് വെച്ചാൽ ആർക്ക് കാണപ്പെടുന്നത് കാണുന്നവന് കാണപ്പെടുന്നത് അപ്പൊ കാണുന്നവനാണ് ഇവിടെ മുഖ്യം കാണുന്നവൻ ആരെ ഞാൻ കാണുന്നു ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആരനുഭവിക്കുന്നു ഞാൻ അനുഭവിക്കണോ ഈ അനുഭവിക്കുന്നവനിൽ പ്രപഞ്ചം പ്രതിഷ്ഠിതമായിട്ട് ഇരിക്കണു ഈ അനുഭവിക്കുന്നവനായ അഹം അതിനാണ് ഇവിടെ ഭഗവാൻ ആത്മാ എന്ന് പറയണത് ആ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിലാണ് പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ആരനുഭവിക്കും ഇത് ഗംഭീരം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിലാണ് മനസ്സ് എന്ന് പറയുന്ന ഒരു ശക്തി പൊന്തി ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് വിസ്തരിച്ച് ലോകത്തിനെ കാണിച്ചു തരണത് രാത്രി ഉറങ്ങുമ്പോ ആ മനസ്സ് പതുക്കെ അകമേക്ക് കൂമ്പുമ്പോ ശരീരം വിട്ടുപോകുന്നു ലോകവും വിട്ടുപോകുന്നു ഞാൻ എപ്പോഴും ഈ അറിയാതെ പരിചയം കൊണ്ട് രാത്രി ഉറങ്ങുമ്പോ രാത്രി ഉറങ്ങുമ്പോ ഒരാൾ പറഞ്ഞു സ്വാമി അങ്ങനെ പറയണ്ട ഞങ്ങൾ പകലും ഉറങ്ങുന്നു പകലുറങ്ങുമ്പോഴും അതെ രാത്രി മാത്രമല്ല പകലുറങ്ങുമ്പോഴും അതെ എപ്പോ ഉറങ്ങുമ്പോഴും ഉറങ്ങുമ്പോ മനസ്സ് കൂമ്പുന്നു ലോകം പറഞ്ഞു ശരീരം പറഞ്ഞു വ്യക്തിത്വം പറഞ്ഞു മനസ്സ് വിസ്തരിക്കുമ്പോ ശരീരം പൊന്തി ലോകം കാണുന്നു എല്ലാം കാണുന്നു പ്രപഞ്ചം എവിടെ നിൽക്കുന്നു മനസ്സിൽ നിൽക്കുന്നു മനസ്സില്ലാതെ പ്രപഞ്ചത്തിനെ ഒന്ന് കാണിക്കുന്നു നോക്കണേ ഇന്ദ്രിയങ്ങളില്ലാത്ത ലോകത്തിനൊന്ന് കാണിക്കും മനസ്സ് വെച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ കാണുന്നു ഈ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ നിർവചിക്കാൻ കഴിയാത്ത ഒരു ചലനത്തിനെയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയണത് അല്ലെ നമ്മളുടെ അനുഭവം നോക്കിക്കൊടുക്കാം ഞാൻ ഉണ്ട് എന്ന് ഈ ശരീരത്തിൽ ഞാൻ ഉണ്ട് ഒരു അനുഭവം അതിൽ നിർവചിക്കാൻ കഴിയാത്ത മനസ്സ് എന്ന് പറയുന്ന ശക്തി ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ കാണിക്കും അപ്പൊ ഭഗവാൻ പറഞ്ഞത് ആ ഒണ്ട് എന്നുള്ള അനുഭവസ്വരൂപമായ ബോധത്തിൽ ആത്മാവിൽ ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു കാറ്റു വീശുമ്പോ ഉണ്ടാവുന്ന അലയാണ് പ്രപഞ്ചം അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നതിന് പകരം കാണുന്നവനായി തന്നിൽ ശ്രദ്ധയെ നിർത്തുന്നത് യോഗം പ്രപഞ്ചത്തിൽ ശ്രദ്ധയെ വിടുന്നത് ഭോഗം ഇത്രേ വ്യത്യാസമുള്ളൂ പ്രപഞ്ചത്തിൽ ദൃശ്യത്തിലാണോ ശ്രദ്ധ ഭോഗം ദൃക്കിലാണോ ശ്രദ്ധാ യോഗം ഭഗവാൻ പറഞ്ഞു ഹേ ഉദ്ധവ ഇത്രകാലം ദൃശ്യത്തിനെ ശ്രദ്ധിച്ചില്ലേ ഇനിയിപ്പൊ ദൃക്കിനെ ശ്രദ്ധിക്കാം ആത്മാ ആത്മനി ഈചസ്വിതം ആത്മാനമ്മ അധീശ്വരേ അങ്ങനെ ദൃക്കിനെ കണ്ടുകഴിഞ്ഞാൽ ദൃക്ക് തന്നെ ദൃശ്യപ്രപഞ്ചമായി പരിണമിച്ച് കാണപ്പെടുന്നത് കൊണ്ട് ആത്മാ തന്നെ വിശ്വം ആത്മാവിലുണ്ടാവുന്ന അലയാണ് അലയും കൂളയും ഒക്കെ സമുദ്രം തന്നെ പ്രപഞ്ചം തന്നെ ഭഗവാനാണ് വിശ്വം വിഷ്ണു വിശ്വം തന്നെ വിഷ്ണു സ്വരൂപമാണ് അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രതിലോമം അനുലോമം രണ്ടും വേണം ആദ്യം പ്രപഞ്ചത്തിനെ ഒക്കെ വിട്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിനെ കാണുക രണ്ട് ആ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചവും ഭഗവത് സ്വരൂപം തന്നെയാണെന്ന് നിശ്ചയിക്കാം ആദ്യം തന്നെ നിശ്ചയിക്കുകയാണെങ്കിൽ നിശ്ചയിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഭഗവത് സ്വരൂപം ഭക്തിമതി നിങ്ങൾക്ക് ആത്മവിചാരം ഒന്നും ചെയ്ത് വിഷമിക്കാൻ വയ്യെങ്കിൽ ശരി മറ്റൊരു വഴി എന്താ ഭഗവാൻ പറയുന്നു ജഗത്ത് മുഴുവൻ ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് അങ്ങനെ കൽപ്പിച്ച് ജ്ഞാന വിജ്ഞാന ത്മഭൂതശരീരിണാം ആത്മാനുഭവ തുഷ്ടാത്മാന അന്തരായേർ വിഹന്യസേ ഭഗവാനേ ഇങ്ങനെ ഞാൻ ധ്യാനം ചെയ്തുകൊണ്ട് ലോകത്തിൽ നടക്കുമ്പോ എനിക്ക് വിഘ്നങ്ങളൊന്നും വരില്ലേ ഈ ധ്യാനത്തിന് തടസ്സങ്ങളൊന്നും വരില്ലേ ഒരു തടസ്സവും വരില്ല ഉദ്ധവ എന്താന്ന് വെച്ചാൽ ആ തടസ്സവും ഭഗവാൻ തന്നെ രാമകൃഷ്ണ പരമഹംസർക്ക് തോത്താപുരി ബ്രഹ്മോപദേശം ചെയ്തു ധുനി വെച്ചുകൊണ്ട് അഗ്നി വെച്ചുകൊണ്ട് അഗ്നിയുടെ മുമ്പിൽ രാമകൃഷ്ണപരവംസർ ധ്യാനിക്കുമ്പോ അവിടുത്തെ ചിലർ പറഞ്ഞു എത്ര ടാക്കൂർ രാമകൃഷ്ണപരവംസരല്ല തോത്താപുരി തോത്താപുരി ധ്യാനിക്കുമ്പോ തോതാപുരിയോട് അവിടുത്തെ ആളുകൾ പറഞ്ഞു എത്ര ഇവിടെ ഒരു ബ്രഹ്മരക്ഷസുണ്ട് എന്ന് ആ വൃക്ഷത്തിൽ തോത്താപുരി പറഞ്ഞു അതിനെന്താ അല്ല ആ ബ്രഹ്മരക്ഷസ് തപസ്സിനെ തടസ്സം നോക്കട്ടെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒരു രക്ഷസിനെയും ഞാനിവിടെ കാണണില്ല അന്യമായി വല്ലത് ഉണ്ടെങ്കിലല്ലേ എനിക്ക് തടസ്സം ചെയ്യാനായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ നോക്കട്ടെ ഇപ്പൊ രാമകൃഷ്ണ പരമംശർ പറയണു ആ കഥയില് അങ്ങനെ ഒരു ജീവി വന്നു എത്രേ തോത്താപുരിയുടെ മുമ്പില് തോത്താപുരി ആ രക്ഷസിനോട് പറഞ്ഞു നീയും പരമാത്മ സ്വരൂപം തന്നെ വരൂ കൂടെ ഇരുന്ന് ധ്യാനിക്കൂ എന്ന് പറഞ്ഞു ആര് വിഘ്നം ചെയ്യാനാ എന്ത് വിഘ്നം ചെയ്യാനാ എന്ത് തടസ്സം ചെയ്യാനാ ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നും കാണാത്തവന് ശത്രു എവിടെ ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂത പരമ്പരാഹ ബ്രഹ്മാഹം ബ്രഹ്മമത് ശത്രു ബ്രഹ്മമത് മിത്ര ബാന്ധവാഹാണ് എന്റെ അകമയ്ക്ക് പ്രകാശിക്കുന്ന ഞാൻ ഉണ്ട് ഞാൻ ഞാൻ എന്നുള്ള അനുഭവം ബ്രഹ്മചിത് അതിൽ കാണപ്പെടുന്ന ഈ ഭുവനം ബ്രഹ്മഭുവനം അനേക ജീവജാലകളെ ഞാൻ കാണുന്നുവല്ലോ ബ്രഹ്മഭൂത പരമ്പരാഹ ബ്രഹ്മാഹം ബ്രഹ്മമത് ശത്രുഹു ബ്രഹ്മമത് മിത്ര ബാന്ധവാഹ ഇവിടെ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ തന്നെ പരമാത്മസ്വരൂപം എന്ന ആര് ആൻവീക്ഷികീ ബുദ്ധി കൊണ്ട് കാണുന്നു കാണുന്നത് മുഴുവൻ ഭഗവാനാണെന്ന് കാണുകയാണെങ്കിൽ ഒരു അന്തരായം തടസ്സവും വരില്ല പിന്നെ അന്തരായയിൽ വിഹന്യസേ ഏകനാഥസ്വാമികൾ ഭക്തി ചെയ്യുമ്പോ തടസ്സം ചെയ്യാൻ എത്ര പേര് ശ്രമിച്ചു എന്തൊക്കെ വിധത്തിൽ ശ്രമിച്ചു ഒന്നും അദ്ദേഹത്തിനെ തലിപ്പിക്കാനോ ദേഷ്യപ്പെടുത്താനോ സാധിച്ചില്ല കാരണം എന്താ അദ്ദേഹത്തിന് ഈ വിഘ്നം ചെയ്യുന്നവരും ഭഗവത് സ്വരൂപമാണ് അപ്പൊ അദ്ദേഹം എങ്ങനെ ദേഷ്യപ്പെടും അവര് വിഘ്നം ചെയ്യുന്നതിന്റെ ഉദ്ദേശം നിങ്ങളോട് ഒരാൾ ചീത്ത പറയണമെങ്കിൽ അതിനൊറ്റ ഉദ്ദേശമേ ഉള്ളൂ നിങ്ങളെ ദേഷ്യപ്പെടണം നിങ്ങളത് നോക്കി മുഴുവൻ ചിരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ചീത്ത പറഞ്ഞതിന് എന്ത് പ്രയോജനം അത് വിഘ്നമാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു റിയാക്ഷൻ ഉണ്ടാക്കുമ്പോഴാണ് ഒരു റിയാക്ഷനും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് വിഘ്നമേ അല്ല ഏകനാഥസ്വാമിയുടെ വീട്ടിന് മുമ്പിൽ ചേർന്ന് ഒരാള് അസഭ്യം വിളിച്ചു പറഞ്ഞു പത്രേ കുറെ നേരം സ്വാമി പൂജ ചെയ്തുകൊണ്ടിരിക്കുക കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു ചൊമ്പില് പാലുമായിട്ട് വന്ന് ഇദ്ദേഹത്തിനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു പത്രേ ഭഗവത് സ്വരൂപനാണ് എത്ര നേരം എന്റെ വീട്ടിന് മുമ്പിൽ നിന്നുകൊണ്ട് ഈ നാദബ്രഹ്മം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു എന്നാ ഈ വിളിച്ച അസഭ്യമൊക്കെ അദ്ദേഹത്തിന് ഒരർത്ഥമേ ഉള്ളൂ നാദബ്രഹ്മം ഇതൊക്കെ ശബ്ദബ്രഹ്മം ഒരു അർത്ഥവും അദ്ദേഹം കൽപ്പിച്ചില്ല അർത്ഥമൊക്കെ ഇപ്പൊ അറിയുന്നവർക്കെല്ലാം അറിയുള്ളൂ അല്ലെങ്കിൽ എന്താ അത് വെറും ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം അല്ലെ നമുക്ക് ഭാഷയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അദ്ദേഹം എന്തോ പറയണു ഇപ്പൊ ഒരാൾ ചിരിച്ചുകൊണ്ട് എന്നെ ഇവിടെ വന്ന് ചീത്ത പറയണമെന്ന് വെച്ചോളാം വലിയ വൈകൃത്യൊന്നും ഇല്ലാതെ എനിക്ക് അറിയാത്ത ഭാഷയാണെങ്കിൽ എല്ലാം കേട്ടിട്ട് താങ്ക് വെരി മച്ച് എന്റെ വിചാരം എന്താ വളരെ നന്നായിട്ടുണ്ട് സത്സംഗം പ്രഭാഷണം എന്തോ പറഞ്ഞിട്ട് പോകണം അർത്ഥം ഞാൻ കൽപ്പിക്കുന്നതല്ലേ അല്ലെങ്കിൽ അതെന്താ വരും ശബ്ദം ശബ്ദത്തിന് പരമാത്മ സ്വരൂപം എന്ന് ഉറപ്പിച്ചു പോ ഭഗവത് സ്വരൂപം യാതൊന്ന് കൽപ്പതത് നാരായണ ശ്രുതികൾ അപ്പോ തടസ്സം എവിടെ അന്തരായം എവിടെ വിഘ്നം എവിടെ എന്നാ അന്തരായീർ വിഹന്യസേ പറഞ്ഞിട്ടുണ്ടല്ലോ സോക്രിട്ടീസിന്റെ ഭാര്യ ചീത്ത പിടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹം ശിഷ്യന്മാർക്കൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ സ്ത്രീ നല്ല തണുപ്പുള്ള വെള്ളം ഒരു കുടം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ തലയിൽ ഒഴിച്ചു സോക്രിട്ടീസ് പറഞ്ഞു എവറി ടൈം എവറി ഡേ ഇറ്റ് തണ്ടേഴ്സ് ടുഡേ ഇറ്റ് റെയിൻഡ് എപ്പോഴും ഇടിവെട്ടും ഇന്ന് മഴ പെയ്തു എന്താ തലയൊക്കെ തണുത്തും അദ്ദേഹത്തിനെ ചലിപ്പിക്കാൻ ആ സ്ത്രീക്ക് സാധ്യമല്ല കാരണം എന്താ അദ്ദേഹത്തിന് ആ സ്ത്രീയൊക്കെ ഈ വസ്തു തന്നെ അപ്പൊ എന്നാ അന്തരായേർ വിഹന്യതെ ഭഗവാൻ പറഞ്ഞു ഉദ്ധവരെ അവിടുത്തേക്ക് യാതൊരു വിഘ്നവും വരില്ല പുറപ്പെട്ടുള്ളൂ ഈ തത്വനിശ്ചയം ചെയ്തുകൊണ്ട് ആത്മാനുഭവ തുഷ്ടാത്മാ പുറമേക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്തരുത് പുറമേക്ക് എന്തിലെങ്കിലുമാണ് സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ അത് വിട്ടുപോകുമ്പോ നിങ്ങൾ ദുഃഖിക്കും അതുകൊണ്ട് ഒരിക്കലും വിട്ടുപോവാത്ത സ്ഥലത്ത് സന്തോഷം കണ്ടെത്തിയാൽ ആ സന്തോഷവും വിട്ടുപോവില്ല വിട്ടുപോകുന്ന സ്ഥലത്താണ് സന്തോഷമെങ്കിൽ ആ വസ്തുവിനോടൊപ്പം സന്തോഷം പോയി അതുകൊണ്ട് ആത്മാനുഭവ തുഷ്ടാത്മാ ആത്മാനുഭവം കൊണ്ട് സന്തുഷ്ടനായ ആത്മാവായി ലോകത്തിൽ സഞ്ചാരം ചെയ്യാം ദോഷബുദ്ധ്യ ഉപയാതീതോ നിഷേധാന്ത നിവർത്തനം ഗുണബുദ്ധ്യാത വിഹിതം നോതി യഥാ അർഭക ചിലതൊക്കെ ചിലപ്പോ ചെയ്യൂ ഈ ഞാൻ കർത്താവോ ഭോക്താവോ അല്ല എന്നുള്ള ജ്ഞാനസ്ഥിതിയിലും ചിലപ്പോ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും ഉദാഹരണത്തിന് ഇപ്പൊ അർജുനന്റെ യുദ്ധം ലൗകിക ബുദ്ധിയ ചിന്തിച്ചാൽ ദോഷമായ ഒരു കർമ്മമാണ് പക്ഷെ ഭഗവാൻ പറയണു തന്നെ കൊണ്ട് ഇത് ചെയ്യാതിരിക്കാനേ സാധ്യമില്ല താൻ ചെയ്തേ ഒക്കൂ അതുകൊണ്ട് ഞാൻ കർത്താവാണെന്നുള്ളത് എടുത്തു കളയാ ദോഷബുദ്ധിയ ഉപയാതീത്തോ ഇത് ദോഷമാണ് ഗുണമാണെന്നുള്ള ബുദ്ധി എടുത്തു കളയും യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് സാധാരണ നിയമം അഹിംസ പരമോധർമ്മ തന്നെ അത് ബാധിക്കില്ല എന്നാണ് താൻ ചെയ്യുക എന്താന്ന് വെച്ചാൽ തന്റെ ശരീരം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നതാണ് യുദ്ധം ചെയ്യൂ അതേ ഭഗവാൻ തന്നെ ഗീതയിൽ ഭക്തന്റെ ലക്ഷണം പറഞ്ഞപ്പോ അഹിംസ എന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ അർജുനനോട് പറയാ അസ്ത്രം വിടൂ എന്നാണ് എന്താ നിഷേധാന്ത നിവർത്തതെ ഹിംസിക്കരുത് എന്ന് പറഞ്ഞത് തനിക്കല്ല എന്താന്ന് വെച്ചാൽ തന്റെ ഉള്ളിലെ ഹിംസ ഉണ്ട് അതിപ്പോ പുറത്തുപോയി അഹിംസ ഹാസ് ടു ഫ്ലവർ വിത്തിൻ യു ഇറ്റ് ഹാസ് ടു ബ്ലോസം വിത്തിൻ യു ഉള്ളിലുള്ള തുപ്പിക്കറയൂ നിഷേധാന് നിവർത്തത ഗുണബുദ്ധ്യാത വിഹിതം കരോതി യഥാർത്ഥ നല്ല തത്വനിശ്ചയം ഉണ്ടായി അങ്ങനെയുള്ള ആളുടെ അടുത്ത് വന്നിട്ട് ചില ആധാരാനുഷ്ഠാനമുള്ള ആളുകൾ വേണം നിങ്ങൾ ജ്ഞാനിയൊക്കെയാണ് കാര്യമൊക്കെ ശരി എന്നാലും നിങ്ങൾ നേരാ നേരത്തിന് സന്ധ്യാവന്തനം അനുഷ്ഠിക്കണം ൾ പൂജ ചെയ്യണം എന്നാലേ ലോകത്തിനൊരു ആദർശമായിരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിനോട് പറയണമെന്ന് വെച്ചാൽ അദ്ദേഹം പറയും ഓ ശരി നിങ്ങളൊക്കെ ആദർശം കാണിച്ചോളാം എനിക്കതൊന്നും പറ്റില്ല എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടാകുമ്പോ എന്തെന്ത് സ്ഥിതി ഉണ്ടായിരുന്നോ ആ സ്ഥിതി ഒരു പക്ഷെ ജ്ഞാനം അദ്ദേഹം പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുശേഷവും പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ശൃങ്കേരിയിൽ ഉണ്ടായിരുന്ന ശങ്കരാചാര്യർ വലിയ ജ്ഞാനിയായിരുന്നു അദ്ദേഹം ഇതിനു മുമ്പ് ഒരു അമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആൾ അദ്ദേഹത്തിൽ ഒരിക്കൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഒരു സാധകം ചോദിച്ചു സ്വാമി ഇത്ര ഉയർന്ന സ്ഥിതിയിലിരിക്കുന്ന അങ്ങ് എന്തിനാ പൂജ ചെയ്യേണത് ചോദിച്ചു അപ്പൊ സ്വാമികൾ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യും ചോദിച്ചു എന്തിനാ പൂജ ചെയ്യണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നുവെച്ചാൽ ഈ ശരീരം എന്ത് പഴകിയിട്ടുണ്ടോ അത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും അത് ദോഷമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയാണെങ്കിൽ ഉദാഹരണത്തിലെ ചില ജ്ഞാനികൾ നിസർഗദത്ത മഹാരാജ് ബീഡി ഉണ്ടാക്കും ബീഡി വലിച്ചുകൊണ്ടിരിക്കും അതിനർത്ഥം അദ്ദേഹം ജ്ഞാനിയായതുകൊണ്ട് അദ്ദേഹം ബീഡി വലിച്ചാൽ ബീഡി വലിക്കുന്നത് നല്ലതാവില്ല ബീഡി വലിക്കുന്നത് ദൂഷ്യം തന്നെയാണ് അത് ജ്ഞാനി ചെയ്താലും ദൂഷ്യം തന്നെയാണ് തിരുവണ്ണാമലയിൽ അടുത്ത കാലത്ത് ഒരു സിദ്ധനുണ്ടായിരുന്നു യോഗി രാംസൂരത് അദ്ദേഹം എപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു അതിനർത്ഥം അദ്ദേഹം വലിയ മഹാത്മാവാണ് കാര്യമൊക്കെ ശരി പക്ഷെ സിഗരറ്റ് വലിക്കുന്നത് നല്ലതല്ല മഹാരാജിനോട് പലതും ചോദിച്ചു എന്തിനാ അങ്ങ് ഇങ്ങനെ ചെയ്യണത് മഹാരാജ് പറഞ്ഞു ഈ ശരീരം ചിലതൊക്കെ പഴകിയിരിക്കണു അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഇപ്പൊ ബലം പിടിച്ചു പോയില്ല ജ്ഞാനത്തിന് മുമ്പ് ചില പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഈ ശരീരം ചെയ്തുകൊണ്ടിരിക്കണോ എന്നാണ് നിഷേധാന നിവർത്തത അവരെ ശരീരത്തിനുള്ള ഐഡന്റിഫിക്കേഷൻ വിട്ടതുകൊണ്ട് ശരീരത്തിന് പിന്നെ ഒന്നും അവർ ചെയ്യാൻ പോണില്ല ഗുണബുദ്ധ്യാച്ച വിഹിതം കരോതി യഥാ അർഭകഹ ഇവിടെ ഭഗവാൻ പറയണ ഉദാഹരണം ചെറിയ കുട്ടികളെ പോലെ കുട്ടികൾക്ക് വല്ലതും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും കുട്ടികളുടെ അടുത്ത് ചില കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവർ കേൾക്കുകേയില്ല നല്ലതാണ് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല ചില കുട്ടികൾ നല്ല മിടുക്കന്മാരാണ് അവർക്ക് ഒരേ ഒരു നിർബന്ധമേ ഉള്ളൂ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല സ്വാമി വന്നിരിക്കണം നമസ്കരിക്കൂ ഇല്ല നോ ചിലപ്പോ ഒരുപക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിൽ ചെയ്യും അവർക്ക് തോന്നിയാ ചെയ്യും എന്താ അവര് സർവസ്വതന്ത്രന്മാരാണ് അവരാരുടെയും നിർബന്ധത്തിനൊന്നും വഴങ്ങില്ല എന്ത് ചെയ്യാൻ പാടില്ല എന്നതോ ചെയ്യും അതുകൊണ്ട് കുട്ടികളോട് വളരെ ജാഗ്രതയായിട്ട് അവരെന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനെക്കുറിച്ച് പറയാൻ പാടില്ല പറഞ്ഞ നിശ്ചയ നൂറുവട്ടം അത് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ അവരെന്താന്ന് വെച്ചാൽ അവരാരുടെയും ഇച്ചയ്ക്ക് വഴങ്ങില്ല അവരുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ഗുണം ദോഷമൊന്നുമില്ല അതിങ്ങനെ നടക്കും അതുപോലെയാണ് ജ്ഞാനികളുടെയും സ്ഥിതി അവരിങ്ങനെ കളിയാണ് പിന്നെ ക്രീഡയാണ് അവർക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല നല്ലത് ചീത്ത ഒന്നുമില്ല അങ്ങനെ അവരെ ഒന്നും ബാധിക്കുകയില്ല ചിലപ്പോ അതീത സ്ഥിതിയിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്യും ഞാൻ ഇന്നലെ ശേഷാവ്തിവാമി പറഞ്ഞല്ലോ സ്വാമി എന്തൊക്കെയോ കാണിക്കും സ്വാമിക്ക് ഒരു നിയമമില്ല ഒരിക്കലും ഒരു വലിയ പണക്കാരൻ സ്വാമികളെ കാണാൻ വന്നു നല്ല പട്ട് ഷാൾ കൊണ്ടുവന്ന് സ്വാമിക്ക് കൊടുത്തു സ്വാമി ഈ കൊടുക്കുന്ന ആളെ നോക്കില്ല അയാളുടെ മനസ്സാണ് നോക്കുക സ്ഥൂല ശരീരം നോക്കില്ല സൂക്ഷ്മ ശരീരം സ്വാമി എന്ത് ആ ഷാളിന്റെ ഭംഗിയായിട്ട് അലുക്കലുക്ക് അലുക്കായിട്ട് വെട്ടിയിട്ട് അതിന്റെ സൈഡിലുള്ള അലുക്കൊക്കെ മുറിച്ചെടുത്തിട്ട് ഒരു എരുമയുടെ വാലില് കെട്ടിത്തൂക്കി അതിന്റെ മുമ്പിലുള്ള ഭാഗം രണ്ട് ദ്വാരം ഉണ്ടാക്കി എരുമയുടെ കൊമ്പിലിട്ടു എന്നിട്ട് ആ എരുമ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ കണ്ട് അപ്പൊ സ്വാമിയോട് ചോദിച്ചു സ്വാമി എന്തിനാ സ്വാമി ഇങ്ങനെ ചെയ്ത് അത് പാവം അയാളെ എനിക്ക് ഈ ഷാള് തരുമ്പോ സ്വാമിക്ക് ഞാനാണ് ഈ ഷാള് കൊടുത്തതെന്ന് അറിയണം എന്ന് ആഗ്രഹം അതുകൊണ്ട് ഈ എരുമയുടെ പുറത്തിട്ട് ആ നടക്കുന്ന സ്ഥലത്തൊക്കെ അത് കാണുമല്ലോ ഇത് ശേഷാവത്രി സ്വാമിക്ക് ദേഹം കൊടുത്ത ഷാളാണ് നാട്ടുകാർ പറയട്ട ഒരിക്കലും ഒരു ഭക്തൻ ഒരു അദ്ദേഹം പല ആസിഡ് എന്തൊക്കെയോ ഉപയോഗിച്ച് എന്തോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് സ്വാമി അയാളുടെ വീട്ടിൽ കയറി അതിഭയങ്കരമായ വിഷം ആസിഡ് ഉള്ള ഒരു കുപ്പി സ്വാമി അത് കുടിക്കാനുള്ള എന്തോ രായനയാണെന്ന് കരുതി ആ കുപ്പിയിലുള്ളത് മുഴുവൻ എടുത്തു കുടിച്ചു ഇയാള് പറഞ്ഞു അയ്യോ സ്വാമി ഉള്ളു മുഴുവൻ ബന്ധ എരിഞ്ഞു പോവും സ്വാമി ചിരിച്ചുകൊണ്ട് പോകുന്ന ഓടിപ്പോയി യാതൊന്നും സംഭവിച്ചില്ല അതിമാനുഷപ്രഭാവരായിട്ടുള്ളവർക്ക് യാതൊരു വിധിയും നിഷേധവും ഇല്ല എന്നാണ് നിഷേധാന് നിവർത്തതത്തെ ഗുണബുദ്ധിയാ ചിലതൊക്കെ ചെയ്യാൻ പറഞ്ഞാലോ അവർ ചെയ്യൂല സ്വാമിയോട് പലരും പറയും സ്വാമി ഇങ്ങനെ നടക്കണമല്ലോ കുളിച്ചൂടെ സ്വാമിയോട് കുളിക്കേ ഇല്ല ചിലപ്പോ ഭക്തന്മാർ ഇരുത്തി സ്വാമിയുടെ തലയിൽ വെള്ളമൊഴിക്കും നല്ല വസ്ത്രം ഉടുത്തു കൊടുക്കും ഒരു ഭക്തൻ സ്വാമിക്ക് നല്ല തുണി ഉടുത്തു എന്നിട്ട് സ്വാമിയെ ഇരുത്തി ശാപ്പാട് കൊടുത്തു സ്വാമി ഒരു പകുതി ശാപ്പാട് കഴിച്ച ശേഷം ആ സാമ്പാർ കയ്യെടുത്ത് അവിടെ ഒരു തൊട്ട് യഥാ അർബകഹ കൊച്ചു കുട്ടികളെ പോലെയുള്ള ഒരു ചേഷ്ടയാണ് അവരുടെ ഒരു ലീലയാണത് യാതൊന്നും അവരെ പിടിച്ചിട്ട് കിട്ടില്ല യാതൊരു ജോലിയുമില്ല എന്നാൽ വല്ലതും ചെയ്യാനുണ്ടോ രമണ മഹർഷി ഒരിടത്ത് അടങ്ങി നിശ്ചലമായിട്ടിരിക്കും ശേഷാദത്തിരി സ്വാമി നിൽക്കാതെ തിരുവണ്ണാമലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കും രണ്ടുപേരും ഒരേ സ്ഥിതിയിലിരിക്കുന്ന രണ്ട് മഹാത്മാക്കളുടെ നേരെ ഓപ്പോസിറ്റ് ഇദ്ദേഹം എന്തോ പ്രഞ്ഞുകൊണ്ടേയിരിക്കും മഹർഷി മിണ്ടേരില്ല ഇദ്ദേഹം മിണ്ടിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലും അർത്ഥമില്ലാത്തതൊക്കെ വിളിച്ചു പറയും ചിലപ്പോ തിരുവണ്ണാമലം മുഴുവൻ പ്ലേഗ് വന്നു പിള്ളേക്ക് വന്നപ്പോ ശേഷാദ്ര സ്വാമിക്ക് ജോലി എന്താന്ന് വെച്ചാൽ സോഷ്യൽ സർവീസ് എന്താ സോഷ്യൽ സർവീസ് എന്ന് വെച്ചാൽ മരിച്ചുപോയ ശവത്തിന്റെ കാളവണ്ടി ഓടിച്ചുകൊണ്ട് ശവപ്പറമ്പിലേക്ക് കൊണ്ടുപോവുക അദ്ദേഹത്തിന്റെ ആവശ്യമൊന്നുമില്ല വണ്ടിക്കാരനുണ്ട് എന്നാലും തലേന്ന് തുണിയൊക്കെ കിട്ടിയൊരു ചാട്ടയൊക്കെ പിടിച്ച് വണ്ടിയിൽ കയറിയിരിക്കും ഒരു പണിയില്ല സർവസ്വാതന്ത്ര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും ഈ സിദ്ധന്മാരുടെ ചേഷ്ണകൾ അതുപോലെയാ ഇവിടെ ഭഗവാനും പറയുന്നു അവർക്ക് ഗുണം ദോഷം നല്ലത് ഇങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറാൻ പാടില്ല ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ ഇന്നത് ചെയ്യാൻ പാടില്ല യാതൊന്നുമില്ല അതിനർത്ഥം അവർ പരമലൗകികന്മാരായിട്ടോ വൈഷികന്മാരായിട്ടോ ഇരിക്കും എന്ന് അർത്ഥം കൽപ്പിക്കരുത് എന്താന്ന് വെച്ചാൽ ജ്ഞാനം വരണമെങ്കിൽ തന്നെ ഈ വിഷയ രസമൊക്കെ ജയിച്ചിട്ടേ ജ്ഞാനമുണ്ടാവുള്ളൂ അതുകൊണ്ട് വേദാന്ത ആചാര്യന്മാർ പറയണത് ഒരു ജ്ഞാനിക്ക് എന്തെന്ത് ലക്ഷണങ്ങൾ വേണോ ആ ലക്ഷണങ്ങളൊക്കെ ഒരുപക്ഷെ അവരുടെ അലങ്കാരം പോലെ നിൽക്കും ചിലപ്പോ പ്രേതം ഭൂതം പോലെ കാണിച്ചു വരാം എന്നാലും ലൗകികന്മാരെ പോലെ വൈഷായികന്മാരായിട്ടൊന്നും ഇരിക്കില്ല അവർ സർവസ്വതന്ത്രരായിട്ട് സഞ്ചരിക്കുന്നു സർവഭൂത സുഹൃത്ത് ശാന്ത ചിലപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരെ സർവഭൂതങ്ങൾക്കും സുഹൃത്തുക്കളാണെന്ന് ഈ ജ്ഞാനികൾ സർവഭൂതക്കങ്ങൾക്കും സുഹൃത്തുക്കളാണ് അവരെ കൊണ്ട് ലോകത്തിന് പരമ മംഗളം ഉണ്ടാകും അവരെന്ത് ലോകത്തിന് മംഗളം ഉണ്ടാകും അവരിൽ നിന്ന് നന്മ ലോകത്തിലേക്ക് പ്രവഹിക്കും സർവഭൂത സുഹൃ ശാന്ത ജ്ഞാന വിജ്ഞാന നിഷയ ഞാൻ ഡൽഹിയിൽ പോയപ്പോഴാണ് കണ്ടത് ഒരു നൂറ്റിരണ്ട് വയസ്സായ ഒരാൾ ഒരു വൃദ്ധൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിയുമോ എനിക്ക് നൂറ്റിരണ്ട് വയസ്സാവാനുള്ള ഒരു സീക്രട്ട് ഉണ്ടോ എന്ന് പറഞ്ഞു എന്താ സീക്രട്ട് അദ്ദേഹം പറഞ്ഞത് കുട്ടിക്കാലത്ത് ഞാൻ തിരുവണ്ണാമലയിലാണ് ജനിച്ചു വളർന്നത് എന്റെ അമ്മ എന്നെ വീട്ടിന്റെ ഉമ്മർത്തിരുത്തി ചോറ് കുഴച്ച് വായിൽ ഊട്ടിത്തരികയായിരുന്നു ഊട്ടിത്തരുമ്പോ ശേഷാദ്രി സ്വാമികൾ തെരുവിലൂടെ നടന്നു പോകണം സ്വാമികളും വന്ന് കൂടെ വന്നിരുന്ന് കുട്ടിയുടെ കൂടെ കൈ നീട്ടിക്കൊണ്ടിരുന്നു അത്രേ അപ്പൊ സ്വാമികൾക്കൊരു വായ കുട്ടിക്കൊരു വായു രണ്ടുപേർ കൂട്ടിക്കൊടുക്കാം സ്വാമികൾ മുഴുവൻ വാങ്ങി കഴിച്ചിട്ട് ഈ കുട്ടിയുടെ തലയിൽ കൈവച്ച് നൂറാഴ്ച ഇരിക്കും വന്നിട്ട് തലയിൽ കൈവച്ചിട്ട് പോയി അത്ര അദ്ദേഹം പറഞ്ഞു ഞാൻ ആ ആശീർവാദത്തിന്റെ ഫലം ഇതാപ്പൊ നൂറ്റി രണ്ട് വയസ്സായി കഴിഞ്ഞു സർവഭൂത സുഹൃത്ത് അവരിങ്ങനെ പോകുന്ന പോക്കിൽ അനുഗ്രഹിച്ചുകൊണ്ടേ പോകും അവരുടെ ചലനം തന്നെ അനുഗ്രഹമാണ് അവരുടെ ശ്വാസപ്രശ്വാസം തന്നെ അനുഗ്രഹമാണ് സർവഭൂത സുഹൃശാന്ത സർവഭൂതങ്ങൾക്കും അവർ സുഹൃത്തുക്കളാണ് ജ്ഞാന വിജ്ഞാന അവരുടെ അകമയ്ക്കോ വേദാന്ത നിശ്ചയം അനുഭൂതി നിശ്ചയം ബുദ്ധിക്ക് വേദാന്ത നിശ്ചയം അതുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷേ ആ പറഞ്ഞു കൊടുക്കാനുള്ള ശക്തി മാത്രം പോരാ വിജ്ഞാന നിശ്ചയ അനുഭവപ്രതിഷ്ഠ പശ്യൻ മതാത്മകം വിശ്വം വിശ്വത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് ന വിപദ്ദവൈ പുനഃ വീണ്ടും സങ്കൽപ്പവികൽപ്പൂപത്തിലുള്ള മായയിലേക്ക് അവർ വഴുത്തി കാരണം അവർക്ക് മായയേ ഇല്ല ഭഗവാനേ ഉള്ളൂ ന വിപദ്േത വൈ പുന ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഉവര് ഭഗവാനെ വീണ്ടും എന്ന് നമസ്കരിച്ചു യോഗേശാ യോഗവിന്യാസ യോഗാത്മൻ യോഗസംഭവ നിശ്രേയസായ പ്രോക്തസന്യാസലക്ഷണ ത്യാഗോയം ദുഷ്കരോ ഭൂമൻ कामानाम വിഷയാത്മവിതരാം ് സർവാത്മൻ അഭത്തൈരി सोहं മതി സോഹം മമാഹമിതി മൂഢമതിർവിഡ് വിരചിതത്മനി സാബന്ധേ തഞ്ഞ്ചസാ നിഗതിതം സംസാധയാ സംസാധയാ ഭഗവൻ അനുഷാധിഭൃത്യ സത്യസ്യേ സദൃശ ആത്മന ആത്മനോനം വരമീശ വിബുധേഷവുചക്ഷേ സർ വിമോഹിതധിയജമാേ മേ ബ്രഹ്മാദയ തനുഭൃ ബരർഭാവാ തസ് വിസർജ്യാശിഷ്വനവനന്തപാരം സർവജ്ഞം ഈശ്വരം അകുണ്ഠ വികുണ്ഠതിഷ്യം നിർവിനധീ അഹമുഹവ്രജിനിതപ്തോ നാരായണം നരസകം ശരണം നാരായണം നരസകം ശരണം പ്രപദ്ധ്യേ ഹേ പ്രഭോ അവിടുന്ന് യോഗത്തിനു മുഴുവൻ ഈശ്വരനാണ് പരമാത്മപദപ്രാപ്തിക്കായിക്കൊണ്ട് ഒരു മുമുക്ഷു കരകയറാൻ മാർഗം കാണിക്കാനായി യോഗശാസ്ത്രത്തിനെ ലോകത്തിൽ വിന്യസിച്ചതും അവിടുന്നാണ് യോഗത്തിൽ സിദ്ധി വരണമെങ്കിൽ ഭഗവത് അനുഭവം ബീജരൂപത്തിൽ ഹൃദയത്തിൽ പ്രകാശിച്ചു തുടങ്ങണം എന്നാലേ യോഗത്തിൽ സിദ്ധി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് യോഗത്തിന്റെ അന്തര്യാമയും അവിടുന്നാണ് യോഗാത്മന് അവസാനം സർവവികൽപ്പൂന്യമായ ബ്രഹ്മാനുഭവസ്ഥിതി നേടണമെങ്കിൽ ഭഗവാന്റെ കൃപ ഉണ്ടാവണം കൃപയോട് ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കണം യോഗ സംഭവ യോഗേശ യോഗവിന്യാസ യോഗാത്മന് യോഗ സംഭവ അങ്ങനെയുള്ള അവിടുന്ന് എനിക്ക് നിശ്രേയസം നിശ്രേയസം എന്ന് വെച്ചാൽ മോക്ഷം സ്വാതന്ത്ര്യം ഭക്തി പരാഭക്തി ബ്രഹ്മാനുഭവം ജീവൻ ഉണ്ടാവാനായിട്ട് സർവസംഘ പരിത്യാഗരൂപത്തിലുള്ള സന്യാസധർമ്മത്തിനെ അവിടുന്ന് എനിക്ക് ഉപദേശിച്ചു ത്യാഗം കൊണ്ട് മാത്രമേ മോക്ഷമടയാൻ പറ്റുള്ളൂ എന്നുള്ളത് വേദപ്രഖ്യാപനം കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകെ അമൃതത്വമാനശുഹൂ കർമ്മം കൊണ്ടോ പുത്രന്മാർ ഉണ്ടാവുന്നത് കൊണ്ടോ ധനം കൊണ്ടോ അമൃതാനുഭവം ഉണ്ടാവല്ല ത്യാഗം കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഈ ത്യാഗം അത്ര എളുപ്പമാണോ ഭഗവാന് ത്യാഗോയം ദുഷ്കറോ ഭൂമന് ബാക്കിയൊക്കെ ചെയ്യാം ഈ ത്യാഗമാണ് ഏറ്റവും വിഷമം എന്ത് വേണമെങ്കിൽ ഭോഗം ചെയ്യാം പിടിച്ചെടുക്കാം നേടിയെടുക്കാം ഉപേക്ഷിക്കാൻ വിഷമം ചിലതൊക്കെ കയറി പിടിച്ചു പിടിക്കുന്നു ഉപേക്ഷിക്കാൻ പറ്റണ ആര് പിടിക്കാൻ പറഞ്ഞു വിട്ടാലും വിടില്ല കമ്പിളി കെട്ടെന്ന് പറയുന്നു ഒരാൾ നദിയിൽ ചാടിയത്രേ ചാടി ഒരു കമ്പിളി നദിയിൽ വെള്ളത്തിൽ പോണെന്ന് കണ്ടിട്ടാണ് ചാടിയത് കയറി പിടിച്ചു കമ്പിളിയെ പിന്നെ മുങ്ങാനും പൊങ്ങാനും തുടങ്ങി നെലവിളിച്ചു അവിടുത്തെ കരയിൽ നിൽക്കുന്നവരോടൊക്കെ പറഞ്ഞു എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ കരയിലുള്ളവർ പറഞ്ഞു ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ തന്നെ ചാടാൻ ചാടി തന്നെ പോയി ഈ കമ്പ്ലിയെ വിട്ടിട്ട് വരൂ ഞാൻ അപ്പോഴേ വിട്ടു അതിപ്പൊ എന്നെ അതൊരു കരടിയായിരുന്നു കരടി വെള്ളത്തിൽ പോകാൻ ചാടി പിടിച്ചതാണ് ഞാൻ പിടിച്ചു കഴിഞ്ഞിപ്പൊ അതെന്നെ പിടിച്ചു അതിനെ വിടറില്ല നമ്മളുടെ സകല ദൗർബല്യങ്ങളും അങ്ങനെയാണ് ഒരു ദൗർബല്യവും നമ്മളെ പിടിക്കണില്ല അല്ലെ അത് പിന്നെ നമ്മളെ നമ്മൾ അതിനെ പിടിക്കും പിന്നെ അത് നമ്മളെ പിടിക്കും ഒരാൾ പറഞ്ഞു ഞാൻ ഇനി ടി വി കാണില്ല നിശ്ചയിച്ചതാണ് പക്ഷെ എന്ത് ചെയ്യാം ആ സമയമാകുമ്പോ എന്റെ അടുത്ത് ചോദിക്കാതെ എന്റെ ബോഡി എഴുന്നേറ്റ് നിൽക്കണു അത് ആ റിപ്പോർട്ട് എടുക്കണു അമർത്തണം ഞാൻ വേണമെന്ന് വെച്ചതല്ലാന്ന് വല്ല ജീവനുണ്ടോ അത് ജീവനില്ലാത്ത ഒരു വസ്തു ജഡവവസ്തു അതെന്ത് ചെയ്യണു അതൊന്നും ചെയ്യണില്ല nammal ardyam we introduced ourselves to that devil then that devil has possessed you adi nammal parijeyapettu then shake hand ok koduthu glad to meet you friendship pinne adu vidunnilla pinne ada aa samaya avumba nammal pidikkum adu pinne nammal paduka paduka paduka thande adutheke valikidu appo oru dhorbalyavum coffee kudiki aa chai kudiki appo namukokka olla swabhaavam കാപ്പിയോ ചായയോ നമ്മളുടെ അടുത്തൊന്നും വന്ന് പറഞ്ഞില്ല എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞു നമ്മളെ സ്വീകരിച്ചതാ നമ്മൾ സ്വീകരിച്ചു പിന്നെ ഇപ്പൊ നമ്മളുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്വീകരിച്ചതെന്ന് പറയാൻ വയ്യ എന്താന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽ നല്ലതാണ് കുടിക്കൂ കാപ്പി കുടിക്കൂ എന്ന് വന്ന് തള്ളതെന്ന് പഴയ്ക്ക് പിന്നെ അവര് എവിടെയോ ഒരിടത്ത് നമ്മൾ സ്വീകരിച്ചതാ ഏതോ ജനറേഷൻ സ്വീകരിക്കുന്നത് എളുപ്പം യാതൊരു ബുദ്ധിമുട്ടുമില്ല സ്വീകരിക്കണം പക്ഷെ ഉപേക്ഷിക്കണം എന്ന് വരുമ്പോഴാണ് ഒരു നിവൃത്തി ഞാൻ ഏകാദശിയാണെങ്കിൽ ശരി കാപ്പി ഉടിച്ചിട്ടുള്ള ഏകാദശി ബാക്കിയൊക്കെ വേണ്ടാ വെച്ചോളാം ഇത് ഉപേക്ഷിക്കാൻ വയ്യ എന്തെങ്കിലും നമ്മള് പരിചയ പരിചയപ്പെടുന്നത് എളുപ്പം വേണ്ട വയ്ക്കാൻ വരുമ്പോ അതാണ് ഇവിടെ ഉദ്ധവരും പറയണത് ത്യാഗോയം ദുഷ്കരോ ഭൂമൻ ഭഗവാനേ ഭോഗത്തിന് യാതൊരു വിഷമമില്ല പക്ഷെ ത്യാഗം എളുപ്പല്ല ത്യാഗോയം ദുഷ്കരോഭൂമൻ കാമാനാം വിഷയാത്മഭീഹി വിഷയങ്ങളോട് പറ്റുള്ള ആളുകൾക്ക് അതിനെ ഉപേക്ഷിക്കാന്നുള്ളത് വളരെ വിഷമമാണ് ഭഗവാനേ അതും അങ്ങനോട് ഭക്തിയില്ലാത്തവരാണെങ്കിൽ ഭക്തിയിൽ രസം വരുമ്പോ മറ്റുള്ളവർക്ക് വിട്ടുപോകും പക്ഷെ ഭക്തിയില്ലാത്തവർക്ക് ഇത് കൂടുതൽ വിഷമമാണ് കാരണം ഭക്തിയില്ലാത്തവൻ എന്തിനു വേണ്ടി ഉപേക്ഷിക്കണം അവനാകാടുള്ള രസം ഇതാണ് പിന്നെ എന്തിന് ഞാൻ ഉപേക്ഷിക്കണം ചോദിച്ച ഉത്തരമേ ഇല്ല ഇതാണോ ഇപ്പൊ കാണുന്നപ്പോ ഒരു സുഖമുള്ളത് ഇത് ഉപേക്ഷിച്ചപ്പോ ഞാൻ എന്ത് ചെയ്യും അപ്പൊ അവന് ഉത്തരവുമില്ല അപ്പൊ എന്തിനെ ഉപേക്ഷിക്കണമെന്ന് ചോദിക്കുമ്പോ ഒരു അർത്ഥം ഉണ്ടാവണമല്ലോ അതീതമായ അനന്തമായ രസത്തിനെ അല്പം കണ്ടാൽ അൽപ്പരസം വിട്ടുപോകും വെളിച്ചം വന്നാലേ ഇരുട്ടു പോകുള്ളൂ അല്ലാതെ ഇരുട്ടിനെ തല്ലി ഓടിക്കാൻ പറ്റൂ വെളിച്ചം വന്നാലേ ഇരുട്ടു പോകുള്ളൂ അതേപോലെ ഭക്തി ഉണ്ടായാലേ ഈ വിരക്തി ഉണ്ടാവുള്ളൂ ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ പടിപ്പടിയായിട്ട് നവയോഗികൾ പറഞ്ഞു ആദ്യം ഭഗവാനോട് ഭക്തി ഭക്തി വരുമ്പോ ഇതര വസ്തുക്കളിൽ വിരക്തി ഇതര വസ്തുക്കളിൽ വിരക്തി വരുമ്പോ ആത്മാനുഭവം ഇത് മൂന്നും ചേർന്നുണ്ടായാൽ എന്താവും ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവത രാജന് തത പരാം ശാന്തിമുപൈതി സാക്ഷാത് ഇത് മൂന്നും കൂടി കോട്ടമതിൽ പോലെ മൂന്നെണ്ണം നിന്നാൽ പരാം ശാന്തി മുപയത്തി സാക്ഷാത് പരമമായ ശാന്തി നിശ്ചലത അനുഭൂതി ശാന്തി നിർവൃത്തി അപ്പൊ ഉദ്ധവർ പറഞ്ഞു ഭഗവാനെ ഭക്തിയില്ലാത്തവന് ഉപേക്ഷിക്കാൻ എങ്ങനെ കഴിയും ഞാനോ ഒരു ഭക്തനും ഞാൻ ഭക്തനാണെന്ന് പറയില്ല അതാണ് ഭക്തന്റെ ലക്ഷണം ഞാൻ ഭക്തനാണെന്ന് പറയുകയാണെങ്കിൽ ഭക്തി അടുത്ത് എത്തിയിട്ടില്ല എന്നർത്ഥം വേണം ഒരു ഭക്തനും ഞാൻ ഭക്തൻ എന്ന് പറയില്ല ഉദ്ധവനും പറയുന്നില്ല ഉദ്ധവനും പറയുന്നു സോഹം മമാഹം ഇതി മൂഢമതിർ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ ഭഗവാനേ ഞാൻ ഞാൻ എന്റെ എന്നുള്ള അഹങ്കാരത്തിൽ പെട്ട് അവിടുത്തെ മായയിൽ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവിടുന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞു സർവം ആത്മധ്യാനം ചെയ്യൂ ജഗത് മുഴുവൻ ബ്രഹ്മമയമായി കാണൂ അഞ്ചസാനികതിതം ഭവതായഥാഹം വളരെ എളുപ്പത്തിൽ അവിടുന്ന് പറഞ്ഞു സംസാദയാമി ഭഗവൻ അനുഷാദി ഭൃത്യം അത് ഞാൻ എങ്ങനെ സാധിച്ചെടുക്കും എനിക്ക് ഉപദേശിക്കും എന്ന് പറഞ്ഞ് ഭഗവാനെ സദ്ഗുരുവായി വരിച്ച് ശരണാഗതി ചെയ്യാൻ ശരണാഗതി ചെയ്താലേ ഉപദേശം ഫലിക്കുള്ളൂ എന്നാണ് ശരണാഗതി ചെയ്യുമ്പോഴേ ഉപദേശം അനുഭവമായിട്ട് മാറൂ അല്ലെങ്കിൽ ഉപദേശം തലയുടെ മേലെ കൂടെ പോവും ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോ ഭഗവത് അനുഭൂതി ഹൃദയത്തിൽ അനുഭവമായിട്ട് മാറും ഉദ്ധവരിവിടെ നാരായണം നരസഖം ശരണം പ്രപദ്ധ്യേ എന്ന് പറഞ്ഞതോടുകൂടെ ഭഗവാൻ ഉപാഖ്യാന സഹിതം ഉദ്ധവഗീത ആരംഭിക്കുകയാണ് നമ്മൾ നാളെ കാണാം സോവിന്ദന സങ്കീർത്തനം ഗോവിന്ദ ഗോവി